ഭക്തിയെ പരമമായ ഭക്തിയെ ഭഗവാൻ പറയുന്നു മത്ഭക്തി ലഭതേ അതുകൊണ്ട് ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിലൊന്നുമില്ല ഭഗവാൻ മാത്രം മത്ഭക്തി നമുക്കങ്ങനെയുണ്ട് പരിവാരങ്ങളെയും കൂടെ നമ്മൾ കണക്കിലെടുക്കും ഇവിടെ പരിവാരമൊന്നുമില്ല എന്ന് പറയാം ഭക്യാമാ ഭജാതി അതിശത്തെ തരം സഹ അവൻ ആര് നേരത്തെ പറഞ്ഞ ആ ഭക്തൻ പരമമായ ഭക്തിയെ പ്രാപിച്ചിട്ടുള്ള അവൻ എങ്ങനെ ഭക്തിയാ ഭക്തി ഭക്തിയെ പന്ത്രണ്ടാം അധ്യായം എടുക്കുന്ന സമയത്ത് നാരദ ഭക്തി സൂത്രത്തിലെ പല സൂത്രങ്ങളും സ്വാമി പറഞ്ഞിട്ടുള്ള സൂത്രത്തിൽ നിങ്ങളത് മറന്നു പോകരുത് സാത്വസ്മിൻ പരമപ്രേമരൂപ ഇതാണ് നാരദർക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണ് ഭക്തിയെ ഞങ്ങൾ വ്യാഖ്യാനിക്കാം അങ്ങനെയാണ് സാതു അസ്മിൻ പരമ പ്രേമരൂപ അതാകട്ടെ ആ ഭക്തിയാകട്ടെ അസ്മിൻ ഇവനിൽ ഇതിൽ ഉള്ള പരമമായ പ്രേമം അതിനെയാണ് ഇവിടെ ഭഗവാൻ ഭക്തിയ എന്ന് പറഞ്ഞത് അതിൽ യാതൊരു എന്താ പറയുക ഈ ക്ഷേത്ര ദർശനങ്ങളോ അല്ലെങ്കിൽ കുറിയുടെ വലിപ്പമോ ഈ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഒന്നും പെടില്ല എന്ന് പറയാം അതിലെ ആഴ്ചകളൊന്നുമില്ല അതിൽ രാവിലെ ഞാൻ അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ അതൊക്കെ വേറെ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ചില ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാ അതൊന്നുമല്ല ഇവിടെ പറയുന്ന ഭക്തി ഇതുവരെ നമ്മൾ ഭക്തി ഭക്തി ഭക്തി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്തത് അല്ലതും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും സ്വാമി ആ ചില ഒന്ന് രണ്ടു പേര് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാ ഒന്ന് രണ്ടല്ല ഇത് ഒരുപാട് പേര് പറയുന്നതാ ഒരൊറ്റ ചൊവ്വാഴ്ച ഞാൻ മുടക്കാതെ ദേവീക്ഷേത്രത്തിൽ പോവും അവിടെ പോവും ഇവിടെ പോവും മാത്രമല്ല ഞാൻ ചൊവ്വാഴ്ച പള്ളിയിലും പോവാറുണ്ട് പോരെ അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറയാം പ്രശ്നപരിഹാരത്തിനായിട്ട് നാം എന്താ കൈക്കൊള്ളുന്ന ഏതെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിക്കലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കലോ പ്രത്യേക സ്ഥലത്ത് ഇത്ര പ്രദർശനം വെക്കലോ ഒന്നുമല്ല അതിനെ നിർവചിച്ചു കഴിഞ്ഞു ഇനി അതിൽ സമയമില്ല ഓർമ്മിപ്പിക്കുകയാണ് അതിന് ഭക്തിയാ മാം എന്നെ യഹ യാതുരുവൻ യാവാൻ യാവാൻ യാവാൻ അസ്മി എങ്ങനെ എന്താ പറ എങ്ങനെയിരിക്കുന്നവനെന്നും തത്വദ തത്വദ എന്ന് പറഞ്ഞ താത്വികമായി ഉള്ളവണ്ണം തത്വത എന്ന് പറഞ്ഞാൽ അതുപോലെ കലർപ്പില്ലാതെ താത്വികമായി ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാ ജന്മ കർമ്മചമേ ദിവ്യം യോ വേത്തി തത്വദ എന്റെ ജന്മത്തെയും എന്റെ കർമ്മത്തെയും താത്വികമായി അറിയണം എന്നാ പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ ജന്മത്തെ സാധാരണയുള്ള ഒരു ജന്മമായിട്ടല്ല കാണേണ്ടത് ഭാ ഭഗവാന്റെ കർമ്മത്തെ സാധാ കർമ്മമായിട്ടല്ല കാണേണ്ടത് അതിനെ താത്വികമായി അറിയേണ്ടതുണ്ട് അതൊക്കെ സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ തത്വത വാസ്തവമായിട്ട് അഭിജാനാദി അറിയുന്നു അവൻ തതഹ അനന്തരം എന്നിട്ട് മാം എന്നെ എന്നെ എന്ന് പറഞ്ഞ പരമാത്മാവിനെ തത്വത വീണ്ടും താത്വികമായി ജ്ഞാത്വ അറിഞ്ഞിട്ട് തദനന്തരം അനന്തരം വിശതേ വിശതേ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നു വിശതേ പ്രവേശിക്കുന്നവനാണ് വൈശ്യൻ എന്ന് പറയാറുണ്ട് ഭഗവാനിലേക്ക് അപ്പൊ അങ്ങനെ ഭഗവാനിലേക്ക് പ്രവേശിക്കണം എങ്ങനെയാ പ്രവേശിക്കേണ്ടത് താത്വികമായിട്ട് തത്വവിചാരത്തിലൂടെ ഭഗവാനും ഒന്നായി തീരേണ്ടതുണ്ട് സദാ കൂർവാണോ മത് വ്യത് പ്രദി ശാശ്വത പദമവ്യയർമാണി അപ്പൊ സദ കുർവാണ മത് വ്യശ്രയ മത് പ്രസാദിതി ശാശ്വതം പദം അവ്യയം സർവകർമാണി സകല കർമ്മങ്ങളെയും ഒന്നൊഴിയാതെ സദാ കുർവാണഹ എപ്പോഴും സദാ കുർവാണഹ അപി എപ്പോഴും ചെയ്യുന്നവനായിരുന്നാലും സർവർ സർവകർമാണി സദാ കുർവാണഹ അപി ഏത് കർമ്മങ്ങളും എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ കർമ്മങ്ങൾ സകല കർമ്മങ്ങളെയും എപ്പോഴും ചെയ്യുന്ന എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരുന്നാലും മത് വ്യപാശ്രയ എന്നെ ആശ്രയിച്ചിട്ടുള്ളവൻ മത് പ്രസാദാദ് എന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ പ്രസാദം കൊണ്ട് ശാശ്വതം അവ്യയം പദം അവാത്നോതി എന്റെ ശാശ്വതമായ ഭഗവാന്റെ ശാശ്വതം എന്ന് പറഞ്ഞാല് പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കണ്ടു എന്താണ് തദ്ധാമ പരമമ്മമാ എന്റെ പരമമായ ധാമം അതാണ് അതിന്റെ വിശേഷം എന്താണ് യദ്ഗത്വാന്ന് നിവർത്തന്തേ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല അതെന്താണ് ആനന്ദ ആനന്ദം എന്ന് പറയാ അതിൽ കുറഞ്ഞതല്ല അതിൽ കുറഞ്ഞ ഒന്നുമില്ല ഭഗവാൻ എന്ന് പറയാം സച്ചിദാനന്ദൻ അവൻ എന്തുണ്ടാവുന്നു ശാശ്വതം അവ്യയം ശാശ്വതമായ ശാശ്വതം എന്ന് പറഞ്ഞാല് നിത്യമായ മുറിവില്ലാത്ത അതൊരിക്കൽ ലഭിച്ചാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് പറയുന്നത് മറ്റുള്ള ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും അതിൽ അവിടെയാണ് യോഗവും ക്ഷേമവും ഉള്ളത് ഇവിടെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അത് അതുകൊണ്ടാണ് ഭഗവാൻ അത് ഞാനേറ്റു എന്ന് പറഞ്ഞത് അഹംവഹാമി എന്ന് പറയുന്നത് ശാശ്വതം അവ്യയം പദം അവാപ്നോതി ശാശ്വതമായ നാശരഹിതമായ ആ സ്ഥാനത്തെ അവാപ്നോതി പ്രാപിക്കുന്നു ആ കാര്യം നിന്റെ എന്താ ചാവി എന്റെ കയ്യിലാന്ന് പറയും ഭഗവാൻ അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട തുടർന്നു ചേത്ത സർവകർമാണി മയിസന്യസ്യുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സതംഭവാ വീണ്ടും ഇതൊക്കെ കേൾക്കുമ്പം എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നുവെങ്കിൽ ഭഗവാൻ അതിനെ വളരെ നേരത്തെ നോക്കി കാണുന്നു മനസ്സിലാക്കുന്നു തിരുത്തുന്നു എന്ന് പറയാം നമ്മുടെ മനസ്സിലൊരു സംശയം എന്താ ജനിക്കുമ്പോഴേക്കും അത് തിരുത്തി തരുന്നുണ്ട് ഗീത ചേതസ സർവകർമാണി മൈ സന്യസ്യ മത്പരഹ ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതംഭവ ചേതസ മനസ്സുകൊണ്ട് സർവകർമാണി മൈ സന്യസ്യ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഗീതയിൽ ചേതസ സർവകർമാണി മൈ സന്യസ്യ മനസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട് ഇതേ ചെയ്യേണ്ടതുറിയപ്പൊ മനസ്സുകൊണ്ട് ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ട് വളരെ മുൻപ് യത് കരോഷി യത് അശ്നാസി യജുഹോഷി ദാസിത് യപസ്സി കൗന്ദേയ തത്കുരുഷ്വ മതർപ്പണം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അർജുന നീ എന്ത് ചെയ്യുന്നുവോ നീ എന്ത് കൊടുക്കുന്നുവോ നീ എന്ത് മേടിക്കുന്നുവോ എന്ത് എന്താ യാഗങ്ങൾ ഹോമങ്ങൾ ഇത്യാദികളൊക്കെ നീ എന്തൊക്കെ ചെയ്യുന്നുവോ മത്കുരുശ്വ മതർപ്പണം എന്നെ എന്നിൽ സമർപ്പിച്ചുകൊണ്ടാകട്ടെ എന്ന് പറയാം അപ്പൊ അതിനെ ഭഗവാൻ ഇവിടെ വീണ്ടും പറയണം എന്താ പറയണത് ചേതസാ സർവകർമാണി മൈ സന്യസ്യ മനസ്സുകൊണ്ടിത് ചെയ്തുകൂടെ എന്നാ അതുകൊണ്ട് ഗോപികൾ ഇതിനൊരു ഉത്തമ ഉദാ ദൃഷ്ട ഉദാഹരണങ്ങളാണ് ദൃഷ്ടാന്തങ്ങളാണ് അവരുടെ കർമ്മങ്ങളെല്ലാം അങ്ങനെയായിരുന്നു അവർ രാവിലെ എഴുന്നേൽക്കുന്ന എഴുന്നേൽക്കുന്നതും പശുവിനെ കറക്കുന്നതും പിന്നെ മുറ്റടിക്കുന്നതും കുട്ടികളെ കുളിപ്പിക്കുന്നതും എല്ലാം ആ ഭഗവാന്റെ ഭഗവത് കർമ്മങ്ങളായിട്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്നതായിട്ട് ഇതിനെയാണ് മൈ സന്യസ്യ എന്ന് പറയുന്നത് പക്ഷെ നമ്മള് ഭഗവാനിൽ സമർപ്പിക്കുക ഭഗവാനിൽ സന്യസിപ്പിക്കുക എന്ന് പറയുമ്പം നമ്മളവിടെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു രൂപത്തെയും അല്ലെങ്കിൽ ഒരു നാമത്തെയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമം നടത്തും അതിന്റെ ആവശ്യമില്ല എന്നാ അതെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ചിലർ പറയാറില്ലേ ഈശ്വരനാമം ചൊല്ലിക്കൊണ്ട് ചെയ്യണം എന്ന് പക്ഷെ ഈശ്വരനാമം ചൊല്ലലേ ഉള്ളൂ എന്ന് പറയാം മനസ്സ് വേറെ എവിടെയോ ആണ് അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ എന്താണ് മനസ്സിനെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയാം നിന്റെ ഈ അദരവ്യായാമം ഒന്നുമല്ല ആവശ്യം മനസ്സിനെയാണ് എനിക്ക് ആവശ്യം ഭഗവാൻ അല്ലെങ്കിൽ എങ്ങനെ പറയായിരുന്നല്ലോ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് കുറെ നാമങ്ങളുണ്ടല്ലോ അഷ്ടോത്തരമുണ്ട് എത്ര അഷ്ടോത്തരമുണ്ട് അയ്യോ വീട്ടിലെ എത്ര അഷ്ടോത്തരം ഉണ്ടാരോ അറുപത്തിരണ്ട് അഷ്ടോത്തരങ്ങളുള്ള പുസ്തകമുണ്ട് ഏതൊരു ഇത് എല്ലാ വീട്ടിലും എന്നിട്ട് ഓരോ ദിവസം ഓരോ നിന്റെ ഇടയിൽ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസം ഇന്നത് ഇന്നത് ഇന്നത് ഇന്ന് മനസ്സോ മനസ്സ് ഇവിടെ ഒന്നുമില്ല എന്ന് പറയാം മനസ്സ് സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് എന്താ പറയുന്നത് ചേതസ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഇത് സമർപ്പിക്കേണ്ടതുണ്ട് ഭഗവാനിൽ സന്യസിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ മനസ്സ് ശ്രദ്ധിക്കുക മനസ്സ് മനസ്സുകൊണ്ട് സ്വാമി എങ്ങനെയാണ് ഭഗവാനിൽ സമർപ്പിക്കുക അതൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞിട്ടുള്ളതാണ് മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അറിയ ഭഗവാൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാനുള്ള ഇത് തന്നെയാണ് ഇതം ഈശാവാസ്യം ഇതം സർവ അപ്പോൾ മനസ്സ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ നൂറ് ശതമാനം ശ്രദ്ധയുണ്ടായിരിക്കുക ആ സമയത്ത് ഞാനൊരു ഞാനൊരു എഴുത്ത് എഴുതുന്നു ആർക്കെഴുതുന്നു എൻ്റെ മകൾക്ക് എഴുതുന്നു അല്ലെങ്കിൽ മകൻ എഴുതുന്നു അല്ലെങ്കിൽ വേറെ ആയിരിക്കും അപ്പൊ അവിടെ എന്ത് വേണം ആ ഒരു പൂർണ്ണമായ ശ്രദ്ധയിൽ വേണം ഇതെഴുതാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു ഭക്ഷണം പാകം ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ആ സമയത്ത് മനസ്സിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാതെ എന്ത് കരചരണങ്ങൾ എവിടെയാണോ മനോബുദ്ധികൾ അവിടെ ഇതാണ് സമർപ്പണം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഈശ്വരനെ നിങ്ങൾ കെട്ടിവലിച്ച് അവിടെ കൊണ്ടുവന്ന് ബഹളം ഉണ്ടാക്കേണ്ട അത് കാരണം ഈശ്വരൻ ഇല്ലാത്തൊരിടമില്ല എന്ന് പറയാ അതുകൊണ്ട് മനസ്സുകൊണ്ടറിയാം ഞാൻ ചെയ്യുന്ന ഈ ജോലി സമ്പൂർണ്ണ സമർപ്പണം ആ ജോലിയിൽ സമർപ്പിക്കുക അത് തന്നെ സന്യസിപ്പിക്കലോ മത്പരഹ മത്പരഹ ആ പരമാത്മ തത്പരനായിട്ട് ബുദ്ധിയോഗം ബുദ്ധിയോഗത്തെ ഉപാശ്രിപ്പിക്കുക ആശ്രയിക്കേണ്ടത് ബുദ്ധിയോഗത്തെയാണ് എന്ന് പറയാ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ബുദ്ധൗ ശരണം അന്വിച്ച ബുദ്ധിയെ ശരണം കമിച്ചാലും നമ്മൾ അതൊക്കെ പഠിച്ചതാണ് അല്ലേ എപ്പോഴാണ് പഠിച്ചത് ഞാൻ സൂര്യൻ ഉപദേശിച്ചു സൂര്യൻ മനുവിന് ഉപദേശിച്ചു മനു ഇഷ്വാകുവിന് ഉപദേശിച്ചു ഇങ്ങനെ പരമ്പരയാ നിലനിന്നു അവിടെയാണ് ഭഗവാൻ താത്വികമായി അറിയണം എന്നും പറഞ്ഞത് അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് സമഷ്ടിയിലെ സൂര്യൻ വ്യഷ്ടിയിൽ ബുദ്ധിയാണ് ബുദ്ധി രൂപത്തിലിരിക്കുന്നു അല്ലേ ബുദ്ധി ബുദ്ധി ആർക്ക് പറഞ്ഞു കൊടുത്തു മനസ്സിന് പറഞ്ഞു കൊടുത്തു മനു മനസ്സിന്റെ പ്രതീകം എന്ന് പറയാം മനു ഇക്ഷുവാകുവിന് പറഞ്ഞു കൊടുത്തു ഇക്ഷുവാകു രാജാവു ചെയ്യേണ്ടി ചെയ്യേണ്ടുന്നവൻ എന്ന് പറയാം പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടുന്നവൻ നമ്മെ സംബന്ധിക്കുന്ന ഇക്ഷുവാകു ഇന്ദ്രിയങ്ങൾ തന്നെ എന്ന് പറയാം അപ്പം ബുദ്ധി ബുദ്ധിയിൽ നിന്ന് മനസ്സിലേക്ക് മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക് ഭഗവാൻ ഇതിനെ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചു ഇതിന്റെ ചേർച്ചയെ ഇതിലൊരു ക്രമ താളത്തിൽ ഇത് നടക്കട്ടെ എന്ന് പറയാം അപ്പൊ ബുദ്ധി ഒന്ന് മനസ്സിലാക്കി മനസ്സിന് കാര്യമറിയാം ഇത് വേറൊന്നാണ് ഇന്ദ്രിയങ്ങൾ എന്നിട്ട് വേറൊരു പ്രകാരത്തിൽ ചെയ്യാം അല്ലേ ഒരു പോക്കറ്റടിയിൽ ഇതിൽ സംയോഗം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് പോക്കറ്റടിയിൽ ബുദ്ധിക്കറിയാം ഇത് അധർമ്മമാണോ എന്നല്ലേ മനസ്സിൽ സംഘർഷമുണ്ട് എന്താ പിടിക്കപ്പെടുവോ പിടിക്കപ്പെടില്ലേ പക്ഷെ കൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നും തമ്മിൽ ഒരു സാമ്യവും ഇല്ല എന്ന് പറയാം അതേ സമയത്ത് ഒരു കുട്ടി പെട്ടെന്ന് വീണു പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ഒരു എന്താ ഒരു മേളനമുണ്ട് ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങള് ടക്ക് പറഞ്ഞിട്ടാണ് പ്രവൃത്തിയിലേക്ക് നമ്മൾ വീഴുന്നത് എന്ന് പറയാ മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ പിന്നെ നിങ്ങളൊരു സ്മരണയൊന്നും നടത്തുന്നില്ല ഉണ്ടോ സ്മരണം നടത്തുന്നുണ്ടല്ലോ ഭഗവാനെ കൃഷ്ണ ഗുരുവായിരപ്പ എവിടെ കുട്ടി അതിന്റെ ആവശ്യമില്ല നമ്മൾ അങ്ങനെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും നാമം ജപിച്ചുകൊണ്ട് കറിക്കരിയണം നാമം ജപിച്ചുകൊണ്ട് സ്വാമി ഇതിനൊക്കെ എതിരാ നിങ്ങൾ കറിക്കരിയ ശ്രദ്ധയോടുകൂടി അതിൽ തലമുടി ഈ നാമം ജപിക്കുമ്പോഴേ തലമുടി അതും ഇതൊക്കെ ഒരുപാട് അല്ലെ അതെ ചപാത പരത്തുമ്പോൾ അങ്ങനെ അതാണല്ലോ അതിന് പ്രത്യേക രുചിയൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് ഉണ്ടാക്കി അതൊക്കെ രുചി ഉണ്ടാകുന്നതൊക്കെ കേ ഇന്നടത്ത് അങ്ങനെ എന്തോ നമ്മൾ പഠിച്ച ശാസ്ത്രത്തിൽ നമുക്ക് നമ്മൾ പഠിച്ചത് ഇതാണ് നിങ്ങൾ പച്ചമുളക് മുറിക്കുകയാണെങ്കിൽ അതിൽ പൂർണ്ണ ശ്രദ്ധ അതിൽ വേറെന്തെങ്കിലും വല്ല പച്ചമുളക് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും മുളകാണോ അതാണ് ഈ കൂട്ടത്തിൽ വേറെ പലതും ചേർന്ന് പോകുന്നത് അറിയാത്ത പിന്നെ പലരും പറയുക എന്താ ഓ ഞാനത് നാമം ജപിച്ച് മുറിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ഭഗവാനില്ലേ ഭഗവാനെ പലരും ഈ ഇങ്ങനെയുള്ള ഈ തുകട കാര്യങ്ങൾക്കൊക്കെയാണ് പറയാറും ഇതൊക്കെ അതൊക്കെ വിടും നമ്മൾ കുറേയും കൂടെ മാറ്റം വന്നവരായിരിക്കണം നിങ്ങൾ തിരുത്തലുകൾ നടത്തണം എന്ന് പറയാം അതുകൊണ്ട് മൈ സന്യസ്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു എന്താ പറയുക ഒരു ധാരണ ഉണ്ടായിരിക്കണം മത്പരഹ ആ എന്നിൽ തത്പരനായിക്കൊണ്ട് ബുദ്ധിയോഗം ഉപാശ്രിത്യ സതതം മച്ചിത്ത ഭവ സതതം എല്ലായിപ്പോഴും മച്ചിത്ത എന്നിൽ മനസ്സുറപ്പിക്കുന്നവനായി പരമാത്മാവിൽ ഉറച്ച മനസ്സോടുകൂടിയവനായിട്ട് നീ ഭവ ഭവിച്ചാൽ നീ ഇങ്ങനെ ഇളകുന്നവനാകാതിരിക്കും നിന്റെ കൊടി ഹനുമാനാകട്ടെ എന്ന് പറയാം ഹനുമാൻ ഒരു സംശയവും ഇല്ലായിരുന്നു അല്ലേ സംശയമില്ല ഭഗവാൻ പറഞ്ഞു എടുത്തൊരു ചാട്ടം ഇതുപോലെ നീ ആയി തീരും നമുക്കും ഈ ഗീതാശാസ്ത്രം ഇത്തരത്തിലൊരു എന്താ ഉറപ്പ് നമുക്ക് തരട്ടെ നോക്കാം തുടർന്നിട്ട് സർവദുർഗാണിത്വമഹങ്ക ഭഗവാൻ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ നടത്തുന്നു ഇത് കഴിഞ്ഞിട്ട് എന്താ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത് മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യ അത ചേ അഹങ്കാര്രോഷ്യസി വിനങ്ഷ്യസി പറയണോ മച്ചിത്താം മത്പ്രസാദാദ് സർവദു സർവദുർഗാണി തരിഷ്യസി മച്ചിത്ത എന്നിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള നിനക്ക് ത്വാം നീ മത്പ്രസാദാദ് എന്റെ അനുഗ്രഹം കൊണ്ട് എന്നിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് എന്തുണ്ടാവും സർവദുർഗാണി തരിഷ്യസി ദുർഗാണി തടസ്സങ്ങൾ സർവദുർഗാണി എല്ലാ തടസ്സങ്ങളും നിനക്ക് പിന്നെ ഒരു ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല ആ തടസ്സങ്ങളെ മുഴുവൻ നീ തരണം ചെയ്യും നീ കടക്കും എന്ന് പറയാം അതാണ് ധ്യാന ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് അല്ലേ ഈ നാലു പേരും എങ്ങനെ തരണം ചെയ്തു ഭഗവാൻ ഒരു കടത്തുകാരനായി നിന്നുകൊണ്ട് ഭഗവാൻ അവരെയൊക്കെ തരണം എന്താ ചെയ്യിച്ചു എന്ന് പറയാം സതതം എല്ലാ ഇപ്പോഴും മച്ചിത്ത എന്നിൽ മനസ്സുറപ്പിക്കുന്നവനായി പരമാത്മാവിൽ ഉറച്ച മനസ്സോടുകൂടിയവനായിട്ട് നീ ഭവ ഭവിച്ചാൽ നീ ഇങ്ങനെ ഇളകുന്നവനാകാതിരിക്കും നിന്റെ കൊടി ഹനുമാനാകട്ടെ എന്നുള്ള ഹനുമാൻ ഒരു സംശയവും ഇല്ലായിരുന്നു ഇല്ലേ ഒരു സംശയമില്ല ഭഗവാൻ പറഞ്ഞു എടുത്തൊരു ചാട്ടം ഇതുപോലെ നീ ആയി തീരും നമുക്കും ഈ ഗീതാശാസ്ത്രം ഇത്തരത്തിലൊരു എന്താ ഉറപ്പ് നമുക്ക് തരട്ടെ നോക്കാം തുടർന്നിട്ട് മച്ചിത്ത സർവദുർഗാണിപ്രസാദരിഹങ്ക ഭഗവാൻ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ നടത്തുന്നു ഇത് കഴിഞ്ഞിട്ട് എന്താ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത് മച്ചിട്ട സർവദുർഗാണി മത് പ്രസാദാ തരിഷ്യ അത ചേ അഹാരോഷ്യനങ്ഷ്യസി പറയണു മച്ചിട്ടം മത്പ്രസാദുർഗാണി തരിഷ്യ മച്ചിട്ട എന്നിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള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 എങ്ങനെ തരണം ചെയ്തു ഭഗവാനൊരു കടത്തുകാരനായി നിന്നുകൊണ്ട് ഭഗവാൻ അവരെയൊക്കെ തരണം എന്താ ചെയ്യിച്ചു എന്ന് പറയാം അപ്പം എൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പ്രസാദം കൊണ്ട് നിനക്കത് സാധിക്കും അതല്ലെങ്കിലോ പറയുന്നു അതാ പിന്നെ അഹങ്കാരാ അത് നീ അഹംഭാവം അഹങ്കാരം ഹേതുവായിട്ട് അതായത് ഭഗവാൻ പറയുന്നു ഇമം ഉപദേശം ഈ ഉപദേശത്തെ ന ശ്രോഷ്യസി നീ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എങ്കിൽ നീ ഇതനുസരിക്കുന്നില്ല നീ ഇത് കൈക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വിനങ്ഷ്യസി നീ നശിക്കുന്നതാ അപ്പൊ ഒരുവന്റെ നാശം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ രണ്ടാമധ്യായത്തിൽ ഭഗവാൻ ഒരുവന്റെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് പറയുന്നത് ധ്യായതോ വിഷയാൻപും സഹ സംഘസ്തേഷൂപജായ സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോപിജായത് ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ സ്മൃതിയുടെ ഭ്രംശമാണ് ഇവിടെ സംഭവിക്കുക ബുദ്ധിനാശാത് പ്രണശതി അപ്പൊ ഒരുവന്റെ നാശം എന്ന് പറയുന്നത് കേൾവി ഇല്ലാതിരിക്കുന്ന സമയത്താണ് കേൾക്കാതിരിക്കുന്ന സമയത്ത് ശാസ്ത്രം കേൾക്കാതിരിക്കുന്ന സമയത്ത് ഇനി ശാസ്ത്രം കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് തക്ക സമയത്ത് അത് വരില്ല സ്മൃതിപഥത്തിൽ അത് വരില്ല എന്ന് പറയാം അതുകൊണ്ട് ഭഗവാൻ പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഒരു അനുഗ്രഹത്തെ പറഞ്ഞിട്ടുണ്ട് മത്ത സ്മൃതിർജ്ഞാനം അപോഹനം ച എന്നിലാണ് സ്മൃതി എന്നിലാണ് അപോഹനം ഞാനാണ് സ്മൃതിയായും ഞാനാണ് അപോഹനമായും അല്ലേ മറവിയായും ഓർമ്മയായും ഞാൻ ഏതിനെ ഞാൻ മറക്കു മറക്കാൻ പഠിപ്പിക്കുന്നു ദാരുണമായ സംഭവങ്ങളെ ഞാൻ മറവി എന്ന അനുഗ്രഹ ഭാവത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്നു പിന്നെയോ ഇനിയും ജീവിക്കേണ്ടതുണ്ട് നിന്റെ കർത്തവ്യങ്ങളെ ഞാൻ സ്മൃതി ഓർമ്മയില് നിന്നിലേക്ക് കൊണ്ടുവന്ന് മുന്നിലേക്കുള്ള പ്രയാണത്തിന് ഞാൻ ആക്കം കൂട്ടുന്നു എന്ന് പറയാം ഇതൊക്കെ ഞാനാണ് അപ്പൊ നിനക്ക് എന്തുണ്ടാവും നിന്റെ ജീവിതം തന്നെ വ്യർത്ഥമാവും നിഷ്ഫലമാവും എന്ന് പറയാ എങ്ങനെ ആവുന്നു അത് എന്റെ ഈ ഉപദേശത്തെ നീ കേൾക്കുന്നില്ല എങ്കിൽ ഭഗവാൻ ഇത് ഭീഷണിപ്പെടുത്തലൊന്നും അല്ലേ ഒന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ കുട്ടികളോട് അമ്മ പറയില്ലേ എടാ നീ ഇത് കേൾക്കില്ലെങ്കില് നീ ഇത് അനുഭവിക്കുന്നു ഇല്ലേ അതവര് അവരുടെ ഭീഷണിയില് എന്തെങ്കിലുമൊക്കെ എന്താ കാര്യം സാധിക്കാൻ വേണ്ടിട്ട് അവര് ഭീഷണിപ്പെടുത്തുന്നതാണ് പരമമായ മോക്ഷത്തെ അമ്മ മോനോട് പറഞ്ഞുകൊടുത്തത് നീ ഇതനുസരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് മോക്ഷം കിട്ടില്ല എന്നൊന്നുമല്ല ചിലപ്പോ അതും പറയാറുണ്ട് നീ ഗതി ഇവിടിക്കില്ല അപ്പൊ ഇവിടെ ഒരുവൻ വന്നാൽ വാസിഷ്ടത്തിൽ പറയുന്നുണ്ട് നല്ല യോഗവാസിഷ്ടത്തിൽ പറയുന്ന എന്താണെന്നറിയോ ഇവിടെ ഈ പ്രപഞ്ചത്തില് ഒരുവൻ വന്നിട്ട് ഈ സത്യം അറിയാതെ പോകുന്നുവെങ്കിൽ എങ്ങനെയാണത്ര അവൻ ഇത് ചെയ്യുന്നത് ആളിക്കത്തുന്ന ഒരു വീട്ടിനകത്ത് പായ വിരിച്ച് കിടന്നുറങ്ങുന്നത് പോലെയെന്നാണ് അതെങ്ങനെ ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ കത്താണ് ഒരു വീട് ആ കത്തുന്ന വീട്ടിൽ പുൽപ്പായ വിരിച്ച് കിടന്നുറങ്ങുക പുൽപ്പായ വിരിച്ച് പുൽപ്പായ വിരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണല്ലോ അല്ലേ ഇതുപോലെയാണ് ഈ ലോകത്ത് വന്നിട്ട് സത്യമറിയാതെ ഒരുവൻ പോയാൽ അവൻ നശിക്കുന്നത് അങ്ങനെയാണെന്ന് അതുകൊണ്ട് അത്രയും വേഗം എന്തുവേണം ഈ സത്യം അറിയേണ്ടതുണ്ട് തുടർന്ന് yadaham iti ഹമാശ്രി മിഥ്യേസ് അഹങ്കാരം ആശ്രി നോത്സ്യ മിഥ്യ വ്യവസായ തേ പ്രകൃതി ിയോക്ഷ്യസി നമ്മളോടാ പറയുന്നത് എന്താ പറയണത് അഹങ്കാരം ആശ്രിത്യ അഹങ്കാരത്തെ ആശ്രയിച്ചിട്ട് അഹംഭാവത്തെ ആശ്രയിച്ചിട്ട് ന യോത്സ്യ ഇതി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് യത് മന്യസെ എന്ന് നീ കരുതുന്നുവെങ്കിൽ നമ്മൾ എന്ത് തീരുമാനവും അങ്ങനെ അഹങ്കാരത്തിൻ്റെ മുകളിൽ എടുത്താൽ പറയുന്നു തേ ഷ അത് നിന്റെ വ്യവസായ വ്യവസായം എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ല നിന്റെ ഈ നിശ്ചയം തീരുമാനത്തെ മിത്യാപ്രകൃതി അത് വെറുതെയാണ് ആ സ്വഭാവഗുണം നിന്റെ മിഥ്യാപ്രകൃതിയാണ് നിന്റെ ശരിയായിട്ടുള്ള തീരുമാനമല്ല അതുകൊണ്ട് ആ സ്വ സ്വഭാവഗുണം ത്വാം നിന്നെ നിയോക്ഷ്യസി നിയോഗിക്കും നിന്നെ യുദ്ധത്തിലേക്ക് അത് വലിച്ചഴയ്ക്കും എന്ന് പറയാം കാരണം അർജുന നിന്നെ തയ്യാറാക്കിയത് എനിക്കറിയാം നിന്റെ ചെറുപ്പം എന്ന് പറയാം നീ നീ ട്രെയിൻ ചെയ്യപ്പെട്ടത് നിന്നെ രൂപവത്കരിച്ചത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് നിനക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ശിക്ഷണങ്ങളും യുദ്ധം ചെയ്യുന്നതിനായിട്ടാണ് അതുകൊണ്ട് നിനക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ചിലർ കണ്ടിട്ടില്ലേ എവിടെ പോയാലും കച്ചവടം ചെയ്യുമെന്ന് പറയുന്നവര് അവരവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും അതായത് നിന്റെ പ്രകൃതം എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്നെ അത് നീ തീ തീരുമാനം എടുക്കുന്നതേ വെറുതെയാ അതായത് ഒരു ഒരു അമ്മ അവർ ടെലിഫോണിൽ ആരോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ അവരുടെ ഒരു കോള് അതിൽ കുറഞ്ഞിട്ടൊക്കെ അവർ വളരെ അപൂർവമായിട്ടാണ് ആര് ആരുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും അവർക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ട് അവരങ്ങനെ സംസാരിക്കും എല്ലാവർക്കും അറിയാം അതിനെന്തോ ഒരു പേര് പറയുമല്ലോ എന്താ പോണോ നീനി ആണെന്നോ അതെ ഒരു ദിവസം ഒരു 25 മിനിറ്റിൽ സംഭാഷണം നിർത്തി അപ്പൊ ഭർത്താവിന് വലിയൊരു അത്ഭുതം ഓ ഇന്നെന്താ നേരത്തെ ആയിരുന്നു അത് റോങ് നമ്പർ ആയിരുന്നു അപ്പൊ റോങ് നമ്പറിന് തന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും കാരണം നിന്റെ പ്രകൃതം അതാണ് അല്ലേ അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിക്കുകയാണ് ഇനി ഞാൻ ആരോടും ഫോണ് വന്നാൽ അതങ്ങനെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇനി ഞാൻ ആരോടും ഒന്ന് സംസാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഉടനെ വയ്ക്കും അപ്പോഴാണ് ഈ റോങ് നമ്പർ വന്നത് അതിനാണ് ഇരുപത്തഞ്ചു മിനിറ്റ് എന്ന് പറയാം അതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് നീ എന്ത് ചെയ്യും നീ യുദ്ധം ചെയ്യും നിനക്ക് യുദ്ധം ചെയ്യാൻ ഈ പറഞ്ഞതൊന്നും വേണമെന്നില്ല നിനക്കെന്തെങ്കിലും ഒരു പുല്ലോ ഒരു വടിയോ മതി അർജുന നീ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ടാണല്ലോ വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞു നിന്റെ പ്രകൃതം അതാണ് അതെനിക്കറിയാം അതുകൊണ്ട് നമ്മുടെ പ്രകൃതം ഭഗവാൻ അറിയാം ആ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് നമ്മള് എന്തുവേണം നേരത്തെ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ അറിയുക എന്നിട്ട് ഏതിനാലാണോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏത് കർമ്മം ചെയ്യാനാണ് നമ്മെ നിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ചുറ്റുപാട് ഏതാണ് അതറിഞ്ഞ് അതിലൂടെ ഈ ബ്രഹ്മപ്രാപ്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യില്ല ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടപ്പില്ല എന്ന് പറയാം ചിലർ പറയില്ലേ രാവിലെ ആവട്ടെ ഞാൻ ശരിയാക്കും അപ്പൊ തന്നെ അറിയാം ഒന്നുമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല അതെന്താ അതെനിക്കറിയാം നിങ്ങൾ കുറെ ഇങ്ങനെ രാവിലെയാക്കിയതാ എന്ന് പറയാം അതെനിക്കറിയാം ഇത് തന്നെ ഭഗവാൻ പറയുന്നു സ്വഭാവ സ്വഭാവനെ കൗന്ദേയ നിബദ്ധ സ്വന കമ്മണ കോഹരി അവശ അപ്പ അലയോ അർജുന ഹേ കൗന്ദേയ സ്വഭാവന സ്വഭാവത്തിൽ നിന്ന് ഉണ്ടായ സ്വേനകർമ്മണ സ്വന്തമായ കർമ്മത്താൽ നിബദ്ധ ത്വം നിബദ്ധ നീ ബന്ധിക്കപ്പെട്ടവനാണ് അത് ഞാൻ കാണും നമ്മളൊക്കെ തന്നെ നമ്മുടേതായിട്ടുള്ള സ്വഭരോ കർമ്മങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് മോഹാത് മോഹാത് എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് എത് കർത്തും ന ഇച്ചസി യാതൊരു കർമ്മം കർത്തും ചെയ്യാൻ ന ഇച്ഛസി നീ ഇച്ഛിക്കുന്നില്ലയോ ആഗ്രഹിക്കുന്നില്ലയോ അപ്പൊ നീ ഏതെങ്കിലും കർമ്മം ചെയ്യില്ല എന്ന് തീരുമാനിച്ചത് നിന്റെ മോഹം കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ തീരുമാനം ഇങ്ങനെ ഭഗവത്ഗീത പറയുന്നത് എന്താണെന്നറിയോ ചെയ്യില്ല ചെയ്യും ഈ രണ്ടും നമ്മൾ പറയരുത്തുന്ന ഗീതയ്ക്ക് ഇത് പറയാനു എന്താ അതിനൊരു അത് പറയാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ആളാണ് ഭഗവാൻ അതുകൊണ്ട് നീ ഇത് ചെയ്യും അല്ലെങ്കിൽ ആ ഞാനിത് ചെയ്യും ഞാൻ ചെയ്യില്ല എന്നൊന്നും പറയണ്ട മോഹാദ് ഇത് കർത്തുന്ന ഇച്ഛസി യാതൊരു കർമ്മം ചെയ്യാൻ നീ ഇച്ഛിക്കുന്നില്ലയോ തത് അത് അതിനെ അവശഹ അതി കരിഷ്യസി അത് അവശനായിരുന്നു കൊണ്ട് അവശനായിരുന്നാൽ പോലും ത്വം കരിഷ്യസി നീ ചെയ്യും നിന്നെ കൊണ്ട് ചെയ്യിക്കും എന്തിനാ ഭഗവാൻ ഇങ്ങനത്തെ കടും കൈ ഭഗവാൻ ഇങ്ങനെ കടും കൈ ഒന്നുമില്ല കാരണം നീ നിന്റെ പ്രകൃതം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കും അപ്പൊ അതിനെന്താ വഴി ഒറ്റ വഴിയുള്ളൂ ഭഗവാനാവുക എന്നാ പിന്നെ എന്തില്ല കർത്തൃത്വമില്ല അല്ല എനിക്ക് ഇതൊന്നൊക്കെ ബുദ്ധിമുട്ട വേണ്ടാന്ന് നിങ്ങൾ ചെയ്യണ്ട ഭഗവാൻ ചെയ്തോട്ടെ ആ അത് എന്നാ പിന്നെ നിങ്ങളങ്ങോട്ട് വിട്ടേക്കൂ പിന്നെ ആരായി പിന്നെ ഞാനാണ് പിന്നെ നിങ്ങളില്ല എന്ന് പറയാം പിന്നെ ഞാനേ ഉള്ളൂ അതുകൊണ്ട് അതങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കാം അടുത്ത ശ്ലോകം ഓർത്തുവയ്ക്കാൻ വളരെ നല്ലതാണ് പതിനെ എന്താ പറയുക ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് അടുത്തത് അത് ഓർമ്മയിലിരിക്കട്ടെ നന്നായിട്ട് ഓർത്തു വെച്ചോളൂ ൃദ്ദേശേർ ഭൂഢാ രൂതൃശേ ഹേ അർജന തിഷതി ഭ്രാമയൻതൂഢാ മായയാ ഭഗവത്ഗീതയിൽ വളരെ എന്താ പ്രസിദ്ധമാണ് അതുപോലെ നല്ലൊരു എന്താ ഹൃദ്യമായ ഒരു ശ്ലോക അല്ലയോ അർജുന യന്ത്രാരൂഢാനി എന്താ പ്രയോഗം നോക്കൂ യന്ത്രാരൂഢാനി അവിടെയാണ് അടിവാരിട്ടുണ്ടായിരുന്നത് യന്ത്രപ്പാവകളെ പോലെ അതായത് കണ്ടിട്ടില്ലേ പാവകളി അപ്പോൾ ഇതിലൊക്കെ ചില പ്രയോഗങ്ങൾ നമ്മുടെ സംസ്കാരത്തെയും കൂടെ വിളിച്ചോതുന്നതാണ് അത് പാവക്കൂത്ത് വളരെ മുൻപേ ഉണ്ടായിരുന്ന ഒരേർപ്പാടാണ് പാവകളെ നൂലുകെട്ടിയിട്ട് അങ്ങനെ അങ്ങനെ വലിക്കുമ്പം അതിൽ രാമരാവണ യുദ്ധമൊക്കെ ഉണ്ട് നല്ല രസമാണത് പക്ഷേ നമ്മുടെ കേരളത്തിൽ അതിന് അത്ര പ്രചാരമില്ല നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ട് കേരളത്തിലും ഉണ്ടായിരുന്നു അല്ലേ ഒരു കാലത്ത് വലിയ ഇതായിരുന്നു പക്ഷേ ഇന്നത് കുറവാണ് ചില അതിൻ്റെ കുറേയും കൂടെ വിപുലമായിട്ട് തേരിലൊക്കെ വന്ന് യുദ്ധം ചെയ്യുന്ന പാവയുടെ അതൊക്കെ ഉണ്ട് കോഴിക്കോട് ഇപ്പോഴും തിരുവണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴും ആ ഒരു ഒരു സ്ഥലത്തുണ്ട് ഈ രാവണന്റെയും ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഒരു ചക്രത്തിൽ വന്നിട്ട് ഒരു വലിയ പാവയാണ് പാവ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ യുദ്ധം ചെയ്യുന്നത് പരസ്പരം ഇത്തരത്തിലുള്ള യന്ത്രരുടാൻ യന്ത്ര പാവകളെ പോലെ സർവഭൂതാനി സകല സൃഷ്ടി വർഗങ്ങളെയും മായയാ മായ കൊണ്ട് ഭ്രമിപ്പിക്കുന്നവനായ ബ്രാഹ്മയൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നവനായ ആ ചക്രത്തിലിട്ട് കറക്കുന്നവനായ ഈശ്വരഹ ഈശ്വരൻ സർവഭൂതാനാം എല്ലാ ഭൂതങ്ങളുടെയും സൃഷ്ടി വർഗങ്ങളുടെയും ഹൃദേശേ തിഷ്ടതി ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പൊ മൂപ്പരെവിടെയാ സ്ഥിതി ചെയ്യുന്നത് ഓം ഹൃദയായ നമഹ അല്ലേ നമ്മളാ എന്താ മുദ്ര എടുത്തിട്ട് പറഞ്ഞില്ലേ ഹൃദയായ നമഹ എന്തിനായിക്കൊണ്ട് ഭഗവാൻ അവിടെ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ സ്ഥൂലമായിട്ടുള്ള ഹൃദയമല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഓപ്പൺ ആർട്ട് സർജറിയിൽ മൂപ്പരുടെ നിലനിൽപ്പ് എന്താണ് എന്ന് കേന്ദ്രമായിട്ട് ഹൃത്മർണൽ കേന്ദ്രം എന്നാണ് ഞാൻ എല്ലാറ്റിന്റെയും കേന്ദ്രമായി ഞാൻ നിലകൊള്ളുന്നു എന്നിട്ടോ എല്ലാ എല്ലാവരെയും യന്ത്രപാവകളെ പോലെ അതൊരു മിഷനാണ് എന്ന് പറയണം അപ്പൊ അതിന്റെ പിറകിലൊരാളുണ്ട് നൂലുകെട്ടി വലിക്കുന്ന ഒരാൾ അപ്പം നമ്മളൊക്കെ യന്ത്ര പാവകളാണ് അതുകൊണ്ട് കെട്ടിവലിക്കുന്ന ആളാണ് തീരുമാനിക്കുക എത്ര കാലം എന്തൊക്കെ ചെയ്യും എന്ന് വെറുതെ നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞല്ലോ നാട്ടപ്പില്ല എന്ന് പറയുക പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൂടുന്നത് അതുകൊണ്ടറിയാം ആരാണ് ഞാൻ ഭഗവാൻ പറഞ്ഞല്ലോ ഞാൻ ആരാണ് കാല അഹം ഞാൻ കാലനാണ് ഞാനാണ് കാലൻ എന്ന് പറയുക ഞാനാണ് ആ സമയം ഒക്കെ നിശ്ചയിച്ച് വേണ്ടത് വേണ്ട സമയത്ത് ഒരു ഒന്ന് ചെയ്യുന്നത് എന്നെ അറിയൂ ഇതുപോലെ അറിയൂ എന്ന് പറയാം ഉം ഭഗവാൻ ഞാൻ ആരാണ് കാല അഹം ഞാൻ കാലനാണ് ഞാനാണ് കാലൻ എന്ന് ഞാനാണ് ആ സമയം ഒക്കെ നിശ്ചയിച്ച് വേണ്ടത് വേണ്ട സമയത്ത് ഒരു ഒന്ന് ചെയ്യുന്നത് എന്നെ അറിയൂ ഇത് ഇതുപോലെ അറിയൂ എന്ന് പറയാം തുടർന്ന് തമേവരം ഗാവന ഭാരതം ശാതി ശാശ്വതം തമേവരണം ഗാവന ഹേ ഭാരത തത് പ്രസാദാതി സ്ഥാനം പ്രാപ്സി ശാശ്വതം ശാശ്വതം സ്ഥാനം പ്രാപ്സി ശാശ്വതമായ നിത്യമായ പരമപദത്തെ നീ പ്രാപിക്കും എങ്ങനെയാണെങ്കിൽ സർവഭാവേന ഹേ ഭാരത അർജുന സർവഭാവേന എല്ലാ ഭാവം കൊണ്ടും എല്ലാ പ്രകാരത്തിലും തം അവനെ അതിനെ ശരണം കച്ച ശരണമായി രക്ഷാസ്ഥാനമായി നീ ഗച്ച പ്രാപിച്ചാലും സ്വീകരിച്ചാലും അതിനെ തത് പ്രസാദാത് പ്രസാദം കൊണ്ട് അതിൻ്റെ അനുഗ്രഹം കൊണ്ട് പരഹം ശാന്തിം ആ ഉത്കൃഷ്ടമായ ശാന്തിയെ ശാശ്വതം സ്ഥാനം നിത്യമായ ആ പരമ പദത്തെ പ്രാപ്സ്യസി ത്വം പ്രാപ്സ്യസി നീ പ്രാപിക്കും എന്ന് പറയുക അപ്പം എന്താ വേണ്ടത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആ തമ്മിനെ അതിനെ അവനെ അതാണ് എന്നെ പ്രവർത്തിപ്പിക്കുന്നത് ഞാൻ വെറും ഒരു പാവയാണ് അതായത് ഒരു ഇലക്ട്രിക് ഉപകരണമാണ് അതിൽ വിദ്യുശക്തി എന്നൊന്നുണ്ട് അത് പോയിക്കഴിഞ്ഞാൽ പിന്നെ പാവയ്ക്ക് പ്രവർത്തനമൊന്നുമില്ല എന്ന് പറയാം അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ ശരണം പ്രാപിക്കൂ എന്നാലോ ഈ പറഞ്ഞതൊക്കെ കറങ്ങിക്കൊള്ളുമെന്ന് പറയാം അല്ലെങ്കിലോ ഒന്നും നടപ്പില്ല അതുകൊണ്ട് നീ എന്നെ ശരണമായിട്ട് സ്വീകരിക്കൂ എന്റെ പ്രസാദം കൊണ്ട് നീ നിത്യമായ ശാന്തിയെ കൈവരിക്കുന്നതാണ് അപ്പൊ ഇതിപ്പം എങ്ങനെയത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ശാന്തി കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ശാന്തി കിട്ടിയിട്ടുണ്ട് ശാന്തി കിട്ടാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഈ മാർഗത്തിൽ പോയിട്ട് സ്വാമി ശാന്തി കിട്ടിയെന്ന് എന്താത്ര ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം തരാം ഇരിക്കട്ടെ ആദ്യം ഇതിപ്പോഴുണ്ടോ എന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഈ ആധുനിക ശാസ്ത്രം ഭൗതികശാസ്ത്രം എത്രയോ വളർന്നു അല്ലേ എത്രയോ വളർന്നു എന്ന് പറയാം പക്ഷേ നമുക്കുണ്ടായിരുന്ന ഈ അശാന്തി ഉണ്ടല്ലോ ഈ ശാസ്ത്രം ആരംഭിക്കുന്ന സമയത്ത് അതായത് ഭൗതിക ശാസ്ത്രം അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭയം അതുപോലെ ഈ അശാന്തി ഇതിന് വല്ല കുറവുണ്ടോ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇത് പരിഹരിക്കപ്പെട്ടു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭൂമിയെ കുറെ കൈവശം വെച്ചു കഴിഞ്ഞാല് ശാന്തനായിട്ടിരിക്കാം എന്ന് കരുതിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ അവസാന കാലത്താണ് മനസ്സിലായത് അലക്സാണ്ടറിന് പോലും ഇല്ലേ ഇതുകൊണ്ടൊന്നും കിട്ടാനില്ല പിന്നെയോ ധനം കൊണ്ട് ഇല്ല ഒരുപാട് സാധനങ്ങളെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് വിചാരിച്ചു എന്നാ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ധൃതരാഷ്ട്രക്കൊക്കെ കിട്ടണം അതെ കർമ്മണ ന പ്രജയാ ധനേന കർമ്മം കൊണ്ടോ പ്രജയെ കൊണ്ടോ ധനങ്ങളെ ധനത്തെ കൊണ്ടോ പിന്നെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രം അപ്പൊ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ ഈ ത്യാഗം ത്യാഗം എന്ന് പറയുന്നത് ഇതാ ഇതിനെ അറിയുക ഇതാണ് ത്യാഗം അപ്പൊ ഇതിനെ അറിയുന്നതോടുകൂടി മറ്റുള്ളതിനെയൊക്കെ നമ്മൾ ത്യജിക്കുകയാണ് യഥാർത്ഥ്യമായതിനെ ത്യജിച്ച് യാഥാർത്ഥ്യമായതിനെ ഉൾക്കൊള്ളുന്നതിനെയാണ് ഈ ത്യാഗം എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ എൻ്റെതെന്തെങ്കിലും വേണ്ട ഇല്ലാത്തത് ഋഷി പറഞ്ഞു തരില്ലോ ഇല്ലാത്തതിനെന്തിനാ നിങ്ങളോട് ത്യജിക്കാൻ പറയുന്നത് അതങ്ങനെ പറയണമെങ്കിൽ അവരായിരിക്കും ഏറ്റവും വലിയ വിട്ടികൾ അവിടെ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പലതും പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്താ അപ്പൊ ഇവിടെ പിടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാവും നമ്മൾ പലതും പിടിച്ചത് പിടി വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടി വിടാൻ പറയുന്നത് തെറ്റാണോ കാരണം ഒന്നും പിടിച്ചിട്ടില്ല എന്ന് അറിയും എപ്പം പിടി വിടണം എന്ന് അന്വേഷിക്കുമ്പം അതാണ് അതിൻ്റെ രസം ആ പിടിയുടെ രസം അപ്പൊ ശരണം ശരണാഗതി എന്ന് പറഞ്ഞാൽ അത് ശരിക്കറിയും അന്ത അന്തരാത്മാവായി ബോധസ്വരൂപനായി എൻ്റെ ഓരോ വികാര വിചാരങ്ങളെയും പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്തതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം ഈ ഒരു തയ്യാറെടുപ്പിനെയാണ് ശരണം എന്ന് പറയുന്നത് ബോധം പ്രതി ഉദിച്ചു വരുന്ന ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്യുക ആ ബുദ്ധിസങ്കൽപ്പങ്ങൾക്ക് പിറകിലെ ബോധത്തെ അറിയുക ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പര മഹതപരമവ്യക്തം അവ്യക്താത് പര പുരുഷ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ട സാ പരാഗതി ശരണം എന്ന് പറയുന്നത് അതല്ലാതെ ഒരു ഉരുളലും വെളിയും ഒന്നുമല്ല അതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇവിടേക്ക് അതൊന്നും സ്വീകാര്യമല്ല എന്ന് പറയുന്നത് അത് വേറെ ഓരോ കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്കോ ആ സമയത്ത് സ്വാമി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ബഹളം വയ്ക്കലല്ല ഇവിടെ ആവശ്യം എന്ന് പറയാം തൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഊളിയിട്ടിറങ്ങാൻ ഒരു ബഹളവും വേണ്ട അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ ഒരു ഓരത്ത് ഒരു മൂലയിൽ മൂലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജനമായ ഒരു സ്ഥലത്ത് വലിയ ബഹളമൊന്നും ഇല്ലാത്തടത്ത് നട്ടല്ലുണ്ടെങ്കിൽ നിവർത്തിവെച്ച് ഇല്ലാത്തവരും അതിനും അധികം മെനക്കെടേണ്ട ഉള്ളവരും ഭഗവത്ഗീത പറയുന്നത് അതാ നട്ടല്ലുണ്ടെങ്കിൽ അത് നിവർത്തി വെച്ച് കഴുത്തും ശിരസും ഒക്കെ നേരേഖയിൽ വെച്ച് പ്രാണനെ സാവകാശ ഉള്ളിലേക്കെടുത്ത് അത് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ വിധി അതിനെയാണ് ശരണം എന്ന് പറയുന്നത് അപ്പം തമേവ ശരണം ഗച്ച നീ ആ ബോധത്തിലേക്ക് അതിലേക്ക് നിന്റെ ശ്രദ്ധയെ സർവഭാവേന എല്ലാ ഭാവം കൊണ്ടും തമേവ ശരണം കച്ച എന്ന് പറഞ്ഞാൽ ഓരോ പ്രാണിവർഗങ്ങളിലും ഓരോ ഭൂതസൃഷ്ടിയിലും അതാണ് ഹൃദേശേ തിഷ്ടതി എന്ന് പറഞ്ഞുവല്ലോ അതിനെ നീ പ്രാപിക്കൂ തത്പ്രസാദ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസാദം കൊണ്ട് ഉപനിഷത്തിൽ പറയും തദ്വനം നാമ തദ്വനം ഇത് ഉപാസിതവ്യം അതാണ് ഭജനീയം അതിനെയാണ് ഭജിക്കേണ്ടത് അതിനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് അതിനെ ഭഗവാൻ ഇവിടെ ശരണം ഗച്ച എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഇതിലേക്ക് ശരണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയും അല്ലെങ്കിലൊക്കെ കുഴപ്പമാണ് ചില ദേശത്ത് കാലത്ത് ഉള്ള ഒരു ഏർപ്പാടായി മാറും ഇത് അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ പരാം ശാന്തി ശാശ്വതം സ്ഥാനം ത്വം പ്രാപ്സ്യസി നീ പ്രാപിക്കുള്ളൂ അല്ലെങ്കിൽ നീ ഈ കിടന്നിങ്ങനെ കറങ്ങും തിരുവാതിര കളി പോലെ ഒരു പുരോഗതി ഇല്ലാത്തൊരു കളിയാകത്ത് ഒരു വിളക്ക് നടുക്കുണ്ടാവും ഇവരിങ്ങനെ എങ്ങനെ റൗണ്ട് അടിച്ചു നമ്മൾക്ക് ഇത് എന്താ ഇത് ആരെയപ്പോ എവിടുന്നാ തുടങ്ങിയത് എവിടെയാ അവസാനം ഒന്ന് എന്തിനാ ഈ വിളക്ക് വെക്കുന്നതറിയോ ഇവരെ എങ്ങോട്ടെങ്കിലും പോയി പോവാതിരിക്കാൻ ആ വിളക്കൊന്ന് മാറ്റി നോക്കൂ ആകെ കൺഫ്യൂഷൻ ആയിപ്പോവും അത് വലിയ ഈ അമ്മൂമ്മമാരൊക്കെ കളിക്കുന്നതാണ് ഭയങ്കര രസം അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു തിരുവാതിരകളി അതൊരു കുച്ചിപ്പുടി അടിയിലൊരു താലം മുകളിലൊരു അല്ലേ എന്നിട്ടങ്ങനെ ടക്ക ടക്കാ എന്നായിട്ട് നമുക്ക് കളിക്കാറുണ്ട് കളി ഇനി ഉടനെ ദിവസങ്ങൾ കുറവാണ് സ്വാമി അതിനെതിരാണെന്നൊന്നുമല്ല ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇനി കുറച്ച് ശ്ലോകങ്ങളും കൂടെ കാണാനുണ്ട് നൂറ് ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ റിവിഷൻ ശരിക്കും വരുന്നത് എന്ന് പറഞ്ഞു വീണ്ടും നിങ്ങളെ ഒന്നാം അധ്യായത്തിലേക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് സ്വാമി ക്ഷണിക്കുന്നു എന്താണ് നമ്മൾ പഠിച്ചത് എന്ന് മുതൽ ഒന്നുകൂടെ നോക്കാം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുവത സഞ്ജയ ധൃതരാഷ്ട്രൻ്റെ ഒന്നാമത്തെ ചോദ്യം ആരാണ് ധൃതരാഷ്ട്രൻ ഭഗവത്ഗീതയെ നമുക്ക് പല പ്രകാരത്തിൽ നോക്കിക്കാണാം എന്ന് നമ്മൾ പഠിച്ചു ഒന്ന് ചരിത്രപരം അതിൻ്റെ ഇന്നലകൾ ഇന്നലകളിലേക്ക് ചെന്ന് ഈ സംഭവം ഏത് കാലത്തുണ്ടായതാണ് എന്തായിരുന്നു ഈ മഹാഭാരത യുദ്ധത്തിന് കാരണമായി എന്തൊക്കെയാണ് ഭവിച്ചത് അത്തരത്തിലുള്ള അന്വേഷണം ചരിത്രപരം പറയാം അവിടെയാണ് ഡൽഹി എന്ന് മാറിയിട്ടുള്ള കുരുക്ഷേത്രത്തിനൊക്കെ അങ്ങേയറ്റത്തെ പ്രസക്തി ഉണ്ടാവുന്നത് അപ്പൊ ഭഗവത്ഗീ മഹാഭാരതത്തിന് ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട് അത് അങ്ങേയറ്റം എന്താ നമുക്ക് വളരെ തെളിവുകൾ നൽകുന്ന പലതുമുണ്ട് ഒന്ന് രണ്ട് ഭക്തിപരം എന്നുള്ളതാ ഭക്തിപരം ഭഗവത്ഗീതയിലെ ഭക്തി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തിയെ അല്ലാതെ കേവലം എന്താ പൂജയ്ക്ക് യോഗ്യമായിട്ടുള്ള ഒന്നാണ് ഈ പുസ്തകമെന്നും അങ്ങനെ അതിനെ വീട്ടിൽ എല്ലാ വീട്ടിലും മേടിച്ചു വെക്കുക പിന്നെ എന്താണ് പൂജ ചെയ്യുക ദിവസവും ഒരു പൂ എടുത്ത് വെക്കുക എന്നിട്ട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവത്ഗീതയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇങ്ങനെയൊരു സമീപനം പിന്നെ എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും ഗീതാ ജയന്തിക്കും അത് എടുത്തു വെച്ച ഒന്ന് പാരായണം അതോടുകൂടി എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ പാരായണവും ഇല്ല നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുക അതായത് വികാരപരമായ സമീപനം ഭക്തി എന്ന് പറഞ്ഞുകൂടാ പേര് മാറ്റണം എന്ന് പറയാം കേവലം വികാരപരമായിട്ടുള്ള അതാണ് രണ്ടാമത്തത് ഒന്ന് എന്താ ചരിത്രപരം രണ്ട് ഭക്തിപരം പിന്നെ ഭാഷാപരം എന്ന് പറയാം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷകൾ ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയാണ് ആ ഭാഷയിലെ വിഭക്തിയെക്കുറിച്ചും സമാസത്തെക്കുറിച്ചും വൃത്തത്തെക്കുറിച്ചും ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ഗവേഷണങ്ങൾ അത്തരത്തിലുള്ള കുറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ പ്രയോഗിച്ചു എത്ര ഭാരത പറഞ്ഞു എത്ര മഹാബാഹവെന്ന് പറഞ്ഞു അർജുനന് എത്ര അങ്ങോട്ട് പറഞ്ഞു ഭഗവാൻ എത്ര ഇങ്ങോട്ട് പറഞ്ഞു എന്തിനത് പറഞ്ഞു എന്തിന് ചതുർത്ഥി ഉപയോഗിച്ചു എന്തിന് ഷഷ്ടി എന്തുകൊണ്ട് ഷഷ്ടി ഉപയോഗിച്ചില്ല ഇങ്ങനെ ഭാഷയ്ക്ക് ഊന്നൽ നൽകിയിട്ട് ഭാഷാപരമായി നമ്മുടെ ഏത് ശാസ്ത്രത്തെയും നോക്കിക്കാണുന്നവരുണ്ട് അതാണ് മൂന്നാമത്തേത് നാലാമത്തേത് തത്വചിന്താപരം താത്വികം തത്വചിന്താപരത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് പഴയ കാലത്തെ കാര്യങ്ങളല്ല പിന്നെയോ ഇപ്പൊ ഈ ഗീത ഞാൻ അധ്യയനം ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം കിട്ടുമോ അത്തരത്തിൽ ഒരാൾ ചോദിക്കുന്നുവെങ്കിൽ അവൻ്റെ സമീപനം തന്നെ തത്വചിന്താപരമാണ് അങ്ങനെ തത്വചിന്താപരമായിട്ടാണ് നമ്മൾ ഇതുവരെ ഈ ഗീതയെ നോക്കിക്കണ്ടത് അപ്പോൾ ധ്രുതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആരാണെന്ന ധ്രുതം രാഷ്ട്രം ഏന സഹ ധൃതരാഷ്ട്ര രാഷ്ട്രത്തെ മുറുകെ പിടിച്ചവൻ തൻ്റേതല്ലാത്തതിൽ തൻ്റേതെന്ന ബുദ്ധിയെ വെച്ചുകൊണ്ട് വ്യവഹരിക്കുന്നവൻ ഇത് അന്ധതയുടെ ലക്ഷണമാണ് അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് അങ്ങനെ അജ്ഞാനത്തിൽ നിന്ന് ജന്യമായ എന്റേതും അവൻ്റേതും എന്ന ചിന്ത കണ്ണുകാണായികയുടെ ലക്ഷണമാണ് അതുകൊണ്ട് അന്തനിൽ നിന്ന് ഗീത ആരംഭിക്കുന്നു അജ്ഞാനത്തിൽ നിന്ന് അത് ആരംഭിക്കുന്നു എന്ന് പറയാം എന്താ അതിന്റെ ഒറ്റ ചോദ്യമേയുള്ളൂ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുറവത ഹേ സഞ്ജയ അല്ലയോ സഞ്ജയ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ എന്റെ ആളുകളും പാണ്ഡുവിന്റെ ആളുകളും യുദ്ധം ചെയ്യാൻ അണിനിരന്ന് എത്തിച്ചേർന്ന എന്റെ ആളുകളും പാണ്ഡുവിന്റെ ആളുകളും എന്തു ചെയ്തു അപ്പൊ ധൃതരാഷ്ട്രനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ കഴിയുന്നത്ര മനസ്സിലാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് റിവിഷൻ എന്ന നിലയ്ക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഇല്ലേ അപ്പൊ ഈ അന്ധത എന്നിവിടെ സൂചിപ്പിച്ചത് എന്തിനെയാണ് കണ്ണു കാണായി നമ്മൾ പറയാറുണ്ടല്ലോ ഈ എന്താ ഏതൊക്കെയോ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ അന്ധകാരം അറിയണമെങ്കിൽ അതിനും വേണം കണ്ണ് എന്ന് പറയാ ഈ കണ്ണ് പൊട്ടൻ ഇരുട്ടിലാണെന്നുള്ള പ്രയോഗം തെറ്റാണ് വെളിച്ചമറിഞ്ഞവനെ ഇരുട്ടറിയൂ ഇരുട്ടും വെളിച്ചവും രണ്ടും നേത്രമുള്ളവനെ അറിയൂ അല്ലാതെ കണ്ണുപൊട്ടൻ ഏത് നേരവും ഇരുട്ടില് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു ഇരുട്ടുണ്ടല്ലോ ആ ഇരുട്ടല്ല അവരെ സംബന്ധിച്ചത് ജന്മനാ അന്ധനായിട്ടുള്ളവനും പിന്നീട് കാഴ്ച നഷ്ടപ്പെടുന്നവനും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പൊ അന്ധതയെ ധൃതരാഷ്ട്രൻ വ്യാസന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയമാണ് എന്താ ധൃതരാഷ്ട്രൻ സ്വപിതാവായ വ്യാസനോട് പറഞ്ഞത് യഥാഭവാൻ വേത്തി തഥാസ്മി വേത്ത ഭവാഭവ മേ വിധിതൗ യഥാർത്ഥ സ്വാർത്ഥേ സംമുഹ്യതി താതലോക മാം ചാപ്പി ലോകാത്മകമേവ വിധി അല്ലയോ അച്ഛ യഥാ ഭവാൻ വേത്തി എങ്ങിനെ അങ് കാര്യങ്ങളെ അറിയുന്നുവോ അത് പ്രകാരത്തിൽ ഞാനും കാര്യങ്ങളെ അറിയുന്നു വ്യാസനോടാണ് ഈ പറയുന്നത് അല്ലയോ വ്യാസമഹാപ്രഭോ അങ്ങേക്ക് എന്തൊക്കെ അറിയാം ധർമാധർമ്മങ്ങളെക്കുറിച്ച് അതൊക്കെ എനിക്കും അറിയാം അപ്പൊ അറിയാത്ത ആളല്ല പക്ഷേ എന്താ ചെയ്യാം സ്വാർത്ഥേ സമ്മുഹ്യതി താത ലോക ഹേ താത ലോകം സ്വാർത്ഥ കാമനകളാൽ മുങ്ങി പൊങ്ങി ഇരിക്കുമ്പം മാം ചി ഞാനും ലോകാത്മകമേവ വിദ്യ പോകുന്നു അതുകൊണ്ട് എന്നെ നന്നാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് സ്വാമി കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങളെങ്ങോട്ട് നന്നാക്കാന്ന് വിചാരിച്ച നടപ്പില്ല നമുക്കും അറിയാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ഇതാണ് വ്യാസൻ പറയുന്ന ധൃതരാഷ്ട്രത്വം കാര്യങ്ങൾ അറിയാം നിങ്ങളെയൊക്കെ പോലെ എനിക്കറിയാം പക്ഷേ സ്വാമി ഇതൊന്നും പറഞ്ഞ നടപ്പില്ല സ്വാമി ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ശമ്പളത്തിന്റെ കൂടെ വേണം അത് ധൃതരാഷ്ട്രത്വമാണ് ഇതാണ് ധൃതരാഷ്ട്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധൃതരാഷ്ട്രൻ പറഞ്ഞത് തന്നെയാണ് ഇന്നും ജനം പറയുന്നത് ഞങ്ങൾക്കറിയാം എങ്ങനെയൊന്നും ആയാൽ പോരാ എന്നറിയാം പക്ഷേ എന്താ ചെയ്യാം ലോകം എങ്ങനെയാണ് അപ്പം നമ്മളും അതിനനുസരിച്ച് പോകും ഇത് എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് ധൃതരാഷ്ട്രൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിൽ നിന്നാണ് ഗീത ആരംഭിക്കുന്നത് ഇനി ധൃതരാഷ്ട്രനെ മാറ്റി നിർത്തിയിട്ട് ആ ചോദ്യം വളരെ ധൃതരാഷ്ട്രം മാറ്റി നിർത്താൻ പറ്റില്ല എന്നാലും അതിൻ്റെ പല മാനങ്ങൾ നമ്മൾ കണ്ടു അല്ലേ ധർമ്മക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗീതയിൽ പതിമൂന്നാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രനിത്യഭിതീയത അല്ലയോ കുന്തിപുത്ര അർജുന ഈ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം രണ്ട് ക്ഷേത്രങ്ങൾ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 അതിന്റെ പല മാനങ്ങൾ നമ്മൾ കണ്ടു അല്ലേ ധർമ്മക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗീതയില് പതിമൂന്നാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിതീയതേ അല്ലയോ കുന്തിപുത്ര അർജുന ഈ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം രണ്ട് ക്ഷേത്രങ്ങൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മശരീരം സ്ഥൂലശരീരം കാരണശരീരം ഇങ്ങനെയൊക്കെ അപ്പൊ ധർമ്മക്ഷേത്രം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം ധർമ്മം എന്ന് പറഞ്ഞാൽ ധാര്യത ഇത് ധർമ്മ ധാരയതി ഇത് ധർമ്മ ധരിച്ചിരിക്കുന്നത് ധർമ്മം എന്ന് പഠിച്ചു അപ്പൊ എന്താണ് ഈ വിശ്വത്തെ ധരിച്ചിരിക്കുന്നത് ബ്രഹ്മം അപ്പൊ ബ്രഹ്മമാണ് ഈ വിശ്വത്തെ ധരിച്ചിരിക്കുന്നത് അപ്പൊ ഈ ബ്രഹ്മത്തെ അറിയാൻ ആ സത്യത്തെ അറിയാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ ശരീരം ഈ ശരീരം അതിനുള്ളതാണ് അപ്പൊ ഈ ശരീരം അതിനായി ഉപയോഗിക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട് അതെന്താണ് ധർമ്മക്ഷേത്രം ഇനി അതല്ലെങ്കിലോ കുരുക്ഷേത്രം അപ്പൊ ഈ ശരീരത്തിൻ്റെ രണ്ട് സാധ്യതകളെ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നു ഒന്നുകിൽ ഇത് ധർമ്മക്ഷേത്രം അല്ലെങ്കിൽ ഇത് കുരുക്ഷേത്രം ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഈ നടുക്കുള്ള നിൽപ്പുണ്ടല്ലോ അത് വലിയ പ്രശ്നം ഒന്നുകിൽ ദുര്യോധനൻ അല്ലെങ്കിൽ ഭഗവാൻ ദുര്യോധന്റെ സംശയങ്ങളില്ല ഒരു സംശയമില്ല യുദ്ധത്തിലേക്ക് പ്രവേശിക്കണോ പ്രവേശിക്കേണ്ട അങ്ങനത്തെ യാതൊരു വിഷയമില്ല പക്ഷേ അർജുനനാണെങ്കിൽ പ്രശ്നങ്ങൾ അർജുനൻ അർജുനന്മാരാണ് നമ്മൾ എന്ന് പറയുക അതുകൊണ്ട് നമുക്ക് കയറുക മാത്രമേ ലക്ഷ്യം എന്താ പറയുക ഒരേ ഒരു പോംവഴി അപ്പൊ ധർമ്മക്ഷേത്രം ഓർക്കാം അപ്പൊ എപ്പോഴാണ് ധർമ്മക്ഷേത്രമാകുന്നത് അപ്പൊ ചോദ്യം ഇതാണ് ധർമ്മക്ഷേത്രേ എന്റെ ഈ ശരീരത്തില് ധർമ്മക്ഷേത്രത്തിൽ ബ്രഹ്മത്തെ ധരിച്ചിരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാൻ നിലകൊള്ളുന്ന ഈ ശരീരത്തില് ധർമ്മക്ഷേത്രേ മാമകാഹ കിം യുയുത്സവ മാമകാഹ കിം അകുർവത യുദ്ധം ചെയ്യാൻ അണിനിരന്ന് നിന്ന എൻ്റെ ആളുകൾ എന്തു ചെയ്തു എൻ്റേത് എന്ന വികാര വിചാരങ്ങൾ സത്യാന്വേഷണത്തിന് എന്നെ എത്രത്തോളം എന്നിൽ തടസ്സം സൃഷ്ടിച്ചു അതിൻ്റെ താത്വികമായ അന്വേഷണമാണ് അപ്പം മാമകന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നാണ് അവരാരൊക്കെയാണ് ദുര്യോധനാദികൾ ദുര്യോധനാദികളെ നൂറ്റൊന്ന് പേരെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിലെ പ്രബലന്മാരെ നമ്മൾ മനസ്സിലാക്കി ദുര്യോധനൻ ധനത്തെ ദുർവ്യയം ചെയ്യുന്നവൻ അല്ലേ ദുശാസനൻ തെറ്റായിട്ടുള്ള ശാസനകൾ പുറപ്പെടുവിപ്പിക്കുന്നവൻ ഇതൊക്കെ കെങ്കേമ്മമാരാണ് നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ് ധനം ദുർവ്യയം ചെയ്തിട്ട് അവസാനം അതിനാണല്ലോ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ടു നടക്കുന്നവെന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെ ക്രെഡിറ്റ് കാർഡ് പല രീതിയിലുണ്ട് ഒരുപാട് ധനമുള്ളവർക്ക് അത് ആവശ്യമാണ് ധനമില്ലാത്തവൻ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള കളി അതത്ര നല്ലതല്ല എന്ന് പറയും ധനമുള്ളവന് അത് വിനിമയം ചെയ്യാൻ ഏറ്റവും സൗകര്യമുള്ളൊരു സാധനമാണ് ഒരുപാട് ധനമുള്ളവന് കള്ളനൊന്നും കൊണ്ടുപോവില്ല പക്ഷേ ഇല്ലാത്തവൻ എങ്ങനെങ്കിലും കുറച്ച് കാശടച്ച് ഒരു കാട് എടുത്തിട്ടുള്ള കളിയുണ്ടല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന അപ്പൊ ധനത്തെ ദുർവ്യം ചെയ്യുക അതോടൊപ്പം തെറ്റായിട്ടുള്ള ശാസനകൾ തോന്നിയതൊക്കെ പറഞ്ഞ് നടക്കുക പിന്നെ അതിൽ നിന്നെല്ലാം തുടങ്ങി എന്ന് പറയാ ഇവരെന്തൊക്കെയാണ് എന്നിൽ ചെയ്തത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം ധർമ്മക്ഷേത്രേ മാമകാഹ യുത്സവ മാമകാഹ അവരും യുദ്ധം ചെയ്യാൻ തന്നെയാണ് എന്നെ എന്നോട് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ എന്തൊക്കെ ചെയ്തു ഇനിയോ ധർമ്മക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അപൂർവത അതേ ധർമ്മക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ആരോട് യുദ്ധം ചെയ്യാൻ എതിരിടുന്ന കൗരവന്മാരോട് യുദ്ധം ചെയ്യാനുള്ള പാണ്ഡവന്മാർ എന്ത് ചെയ്തു പാണ്ഡവന്മാരാരൊക്കെയാണ് ധർമ്മപുത്രർ ഒന്നാമത്തെ ആൾ അല്ലേ ധർമ്മത്തെ പുത്രസമമായി തെളിഞ്ഞ ഒരു ഭാവം അതുപോലെ ഭീമൻ രണ്ടാമൻ ഭീമനെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കർമ്മവുമായി ബന്ധിപ്പിച്ച് കണ്ടു കർമ്മചോദന എന്ന് പറയാം മഹത്തായ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രേരണ ആ പ്രേരണയ്ക്കനുസരിച്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തനയോഗ്യമാക്കുന്ന ആ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരു തയ്യാറെടുക്കും ആ ഭീമൻ എന്നിലെപ്രകാരം എങ്ങനെ എന്തൊക്കെ ഭീമൻ ചെയ്തു ധർമ്മപുത്രർ എന്തൊക്കെ ചെയ്തു അർജുനൻ ഋചിത്വമാർന്നവൻ ആ രുചിത്വമാർന്ന ഭാവം എന്നിൽ എന്തൊക്കെ എന്താ ഇതിനെതിരായിട്ട് ദുര്യോധനാദികൾക്കെതിരായിട്ട് എന്തൊക്കെ ചെയ്തു സഹദേവൻ ദേവൈ സഹ ഞാൻ എത്ര സത്സംഗം ചെയ്തു സഹദേവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൂറ്റിയെട്ട് ദിവസം അപ്പോ നൂറ് ദിവസം സഹദേവന്മാരായിരുന്നു ദേവ ഹി സഹ ഏതെങ്കിലും ശാസ്ത്ര വിചാരം ചെയ്യുക ഇതൊക്കെ സത്സംഗമാണ് സത്സംഗപ്രിയൻ എന്ന് പറയ അതുപോലെ നകുലൻ കുലമില്ലായുക ഇല്ലേ ഒന്നിനോടും ഒട്ടലില്ലാത്ത ഭാവം നകുലം അപ്പൊ ഇതൊക്കെ സദ്ഭാവങ്ങളാണ് ഈ സദ്ഭാവങ്ങൾ എന്നില് ഈ ധർമ്മത്തെ അറിയാൻ അധർമ്മത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരൊക്കെ എപ്പോഴൊക്കെ എന്നിൽ എന്താ അവതരിച്ചു ഇതാണ് ധർമ്മക്ഷേത്രേ പാണ്ഡവാഹ യുയുത്സവ പാണ്ഡവാഹ തക്ക സമയത്ത് എന്നോടൊരാള് വളരെ മോശമായി പെരുമാറുന്ന സമയത്ത് ഞാനും അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണോ ചെയ്തത് അതോ വികാരപൂർവ വികാരപൂർണ്ണമായിരുന്നുവോ എന്റെ പെരുമാറ്റം അതോ വിചാരപൂർവമായിരുന്നുവോ ഞാൻ വിചാരപൂർവം പെരുമാറുന്ന സമയത്ത് എന്നിൽ പാണ്ഡവന്മാർ നിലകൊള്ളുന്നു വികാരപരമായി ഞാൻ പെരുമാറുമ്പോൾ എന്നിൽ ദുര്യോധനാദികൾ എന്താ പറയുക ദുര്യോധനാദികളാണ് എന്നിലൂടെ പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് ഞാൻ അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും നോക്കില്ല അച്ഛനോടാണെങ്കിലും പറയും കാരണം അവരെ അടങ്ങിയിരുന്നുള്ളൂ ഒരു മരുമാൾ അമ്മയോട് പറഞ്ഞു അമ്മായി അമ്മയോട് അധികം എന്നെ കളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഇവിടെ തെന്നി വിഴുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എണ്ണയോ ഓയിലോ എന്തെങ്കിലും ഞാനിവിടെ ഒഴിക്കും നിങ്ങൾ വിഴും ഇങ്ങനെ ഞാൻ എത്ര പറഞ്ഞു ഇതൊക്കെ എപ്പോഴാണ് പറയേണ്ടി വരുന്നത് അല്ലേ അല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയുമല്ലോ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഞ്ഞു കരണ് എന്നാണ് ധാതുവിന് കർമ്മഭൂമി എന്നും ധർമ്മ കർമ്മകായം ധർമ്മകായം അങ്ങനെ രണ്ടുണ്ട് ഞാൻ എത്ര ധ്യാനം ചെയ്തു ഞാൻ പ്രവൃത്തികളില്ല എൻ്റെ പ്രവൃ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഒരു വലിയൊരു പാഠമുണ്ട് എന്താണ് വിചാരങ്ങളാണ് വാക്കുകൾ ഇല്ലേ വാക്കാണ് നമ്മുടെ എന്ത് പ്രവൃത്തിയാവുന്നത് പ്രവൃത്തിയാണ് ഒരുവൻ്റെ പെരുമാറ്റമാകുന്നത് ഇല്ലേ അതാണ് സംസ്കാരം എന്നൊക്കെ പഠിച്ചു അപ്പൊ എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് നമ്മുടെ വിചാരങ്ങൾ അതിനെന്ത് വേണം ശാസ്ത്ര വിചാരം വേണം അതിനാണ് വിചാര വിപ്ലവം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ കുരുക്ഷേത്രത്തിൽ കർമ്മക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുരുക്ഷേത്രത്തിന് പല പ്രകാരത്തിൽ പറയാം നമുക്ക് രണ്ട് പ്രകാരത്തിൽ കാണാം ഒന്ന് ധർമ്മകായമെന്നും കർമ്മകായമെന്നും കണ്ടു ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം അപ്പൊ കുരു എന്ന് പറഞ്ഞാൽ കരണേ കൃഞ്ഞുകരണേ എന്നാണ് ചെയ്യുക പ്രവൃത്തി അവിടെ നമ്മുടെ പ്രവൃത്തിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുരുക്ഷേത്രത്തില് പാണ്ഡവന്മാരെന്ത് ചെയ്തു എന്റെ പ്രവൃത്തികളിൽ ഭഗവാൻ പറഞ്ഞ യജ്ഞഭാവത്തോടുകൂടിയിട്ടാണോ ഓം തത്സതിഥി നിർദ്ദേശത്തോട് കൂടിയിട്ടാണോ ഞാൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്തത് ഇതാണ് ഗീതം മുഴുവൻ കേട്ട് ഈ ഒന്നാം അധ്യായത്തിൽ ഒന്നാം ശ്ലോകത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡയമെൻഷൻ മാറും ഭഗവാൻ പറഞ്ഞല്ലോ ഓമെന്നും തതെന്നും സതെന്നും ഇങ്ങനെ മൂന്ന് നിർദ്ദേശങ്ങളോട് കൂടിയിട്ടാണോ ഞാൻ ചെയ്തത് യത് കരോഷി യശ്നാസി യജുഹോ ദദാസിയത് യത്ത് അപസ്യസി കൗന്ദയ എന്നൊക്കെ പറഞ്ഞുവല്ലോ ഈ ഭാവത്തിലായിരുന്നോ ഞാൻ എടുക്ക് എന്ത് എല്ലാ പ്രവൃത്തികളും ചെയ്തത് അതോ എനിക്ക് താല്പര്യങ്ങൾ മറ്റ് അതുകൊണ്ട് കുരുക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അതുപോലെ തന്നെ കുരുക്ഷേത്രേ യുയൂത്സവ മാമകാഹ കിം അകുർവത എന്റെ പ്രവൃത്തിയിൽ എനിക്ക് എനിക്ക് എനിക്ക് എന്ന ചിന്തയായിരുന്നു ഉണ്ടായത് എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലാതെ വെറുതെ ധർമ്മക്ഷേത്ര ഗുരുക്ഷേത്ര ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ സഞ്ജയാ എന്താ നടന്നത് പറയൂ എന്ന് മാത്രമല്ല എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് നടക്കുന്നത് എന്റെ ഉള്ളിലല്ലേ ഇവിടെ പറയുന്ന യുദ്ധഭൂമി ഏതെങ്കിലും വർഷവർഷങ്ങൾക്കപ്പുറത്തുള്ള ഏതോ ഒരു ഇടമാണോ അതോ എന്റെ ഉള്ളിലാണോ ഈ ഒരു കുരുക്ഷേത്ര ഭൂമിയെ ഈ ഒരു യുദ്ധഭൂമിയെ നിഷേധിക്കാൻ പോകുന്ന ആരീ ലോകത്തുണ്ട് ഈ ഒരു യുദ്ധം അനുസ്യൂതം നടക്കുന്നില്ലേ ഏത് മനുഷ്യ മനസ്സിലും അപ്പൊ ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടാവുന്ന സമയത്താണ് ധ്യാനം ആരംഭിക്കുന്നത് എന്ന് പറയാം ഇതാണ് ഗീതയുടെ കാതലായിട്ടുള്ള ഇതിൽ നിന്നാണ് ഗീത ആവിർഭവിക്കുന്നത് ഈ ചോദ്യത്തിൽ നിന്ന് അതുകൊണ്ട് ഈ ചോദ്യത്തെ നന്നായിട്ട് മനസ്സിലാക്കുക ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്താണ് സംഭവിച്ചത് ഇത് വെറുതെ ഇങ്ങനെ ജോലിച്ചേരെ പോയി കണ്ടിട്ടൊന്നും കാര്യമില്ല എന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ എന്നോട് ചോദിക്കണം എന്താണ് ഓരോന്നിനും കാരണം എല്ലാവരും എനിക്കെതിരെയാണെന്ന് പറയുന്നുവല്ലോ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾക്കെതിരാണോ അതെ നമ്മളാണ് നമുക്കെതിരായിട്ട് നിൽക്കുന്നത് അതാണ് ഇനി പിന്നെ നമ്മൾ ഈ ഒന്നാം അധ്യായത്തെ വിസ്തരിച്ച സമയത്ത് നമ്മൾ ഇതിനെ പല ഇതിന്റെ നിരുക്തവും മറ്റ് ശബ്ദങ്ങളോ ആ എന്താ പറയാ ശബ്ദ താരാവലി അതും ഇതുമൊക്കെ നോക്കിയിട്ട് പലതും പറഞ്ഞു തന്നിട്ടുണ്ട് കുരുക്ഷേത്രത്തിന് എന്താ കരുണാം കരണം ക്ഷേത്രം കുരുക്ഷേത്രം ഇന്ദ്രിയങ്ങളുടെ ഇരിപ്പിടം എന്ന് നിർവചിച്ചു വെച്ചിട്ടുണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മള് എന്താ ഇനി ഒന്നാം അധ്യായത്തിൽ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള എന്താ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ എന്താ ശ്രദ്ധേയമായിട്ടുള്ളത് ഈ ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ അണിനിരന്ന് നിൽക്കുന്ന മഹാരഥന്മാര് അപ്പൊ കൗരവപക്ഷത്തെ പാണ്ഡവപക്ഷത്തെ സഞ്ജയൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു അപ്പൊ അവിടെയുള്ളവരാരാണ് മഹാസ്ത്രം ധരിച്ചിട്ടുള്ളവരാണെന്ന് പറയുക അവരുടെ കയ്യിലൊക്കെ വലിയ അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആളുകളെടുത്തും ഉണ്ട് തരക്കേടില്ല എന്ന് പറയാം പക്ഷേ അത് ദുര്യോധനൻ തന്നെ എന്താ ദ്രോണരോട് പറയുന്നുണ്ട് അത്രശൂരാ മഹേഷ്വാസാഹ മഹേഷ്വാസാഹ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച മഹാരഥ മഹാരഥന്മാര് മഹേഷ്വാസന്മാര് അവരെക്കുറിച്ച് പറഞ്ഞു അവിടെ നമ്മള് പാണ്ഡവപക്ഷത്തെ വലിയ വില്ലേന്തിയവർ എന്ന് ഉള്ളതിന് വലിയ വില്ലിന് നമ്മള് ഉപനിഷത്തിന്റെ വെളിച്ചത്തിലാണ് എന്താ പറയുക അർത്ഥം കണ്ടത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു സ്വാമി ഓരോന്നും ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ നിങ്ങളോട് പറഞ്ഞെന്ന് ഓർമ്മ വേണ്ടായി എന്തായിരുന്നു നമ്മൾ കണ്ട യുദ്ധം ഉപനിഷത്തില് പറയുന്നു ഔപനിഷതം മഹാസ്ത്രം എന്ന എന്താ ഇവിടെ പറയാം ധനുർഗൃഹീത്വ ഔപനിഷതം മഹാസ്ത്രം ശരം ഹ്യുപാസി ശരം ഹ്യുപാസ ശരം ഹ്യുപാസ നിശിതം സന്ത ആയമ്യ തദ്ാവ ഗതേന ചേതസ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി അവനോട് അമ്പും വില്ലും എടുത്ത് കൊലച്ചോളാൻ പറയാ എന്താണത്ര പ്രണവോ ധനുഹു ധനുസായിട്ട് നമ്മൾ എന്താ പഠിച്ചത് പ്രണവ ഉപനിഷത്തില ഏത് ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത് മുണ്ടകോപനിഷത്ത് കിട്ടും മേടിച്ചു നോക്കിക്കോളൂ പ്രണവോ ധനുഹു പ്രണവമാണ് ധനുസ് പിന്നെയോ ശരോ ഹി ആത്മാ ശരമാണ് ആത്മാവ് നാം തന്നെയാണ് ശരം അപ്പൊ പ്രണവമാകുന്ന ധനുസിൽ നാമാകുന്ന ശരത്തെ ലക്ഷ്യമെന്താണ് ബ്രഹ്മ തൽക്ഷ്യം ഉച്ചത്തെ ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് എഴുതോളാൻ വേണ്ടിയിട്ട് ഗുരു പഠിപ്പിക്കുന്ന ഒരു യുദ്ധമാണ് ഒരു ക്ഷേത്ര യുദ്ധം ഒരു സാധകനെ സംബന്ധിച്ചു അല്ലാത്തവന് വല്ലവരുമായിട്ടുള്ള യുദ്ധം അപ്പൊ ഞാനാകുന്ന ശരത്തെ ഞാൻ പ്രണവമാകുന്ന ഭഗവാൻ ഇതിൽ ഉപദേശിച്ചതും പ്രണവമാണ് അപ്പൊ പ്രണവമാകുന്ന ശരത്തെ ഏന്തിയവരാണ് ആ ധനുസിനെ ഏന്തിയവരാണ് മഹേഷ്വാസന്മാർ ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്കാണ് അവർ അമ്പുകളയച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതാണ് പാണ്ഡവപക്ഷം എന്ന് പറയാം കൗരവപക്ഷം അതല്ല അതിൻ്റെ അണിനിരന്ന വിധത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ പാണ്ഡവപക്ഷം പത്മവ്യൂഹത്തെ നിരത്തി എന്ന് പറയാ പത്മവ്യൂഹം നിസ്സംഗതയെ പത്മം താമര നിസ്സംഗതയെ പ്രതിനിധാനം ചെയ്യുന്നു മറ്റേതോ ഗരുടനെ പോലെ എന്താ അത് എല്ലാറ്റിനെയും പിടിച്ചെടുക്കുന്നത് എന്ന് പറയാം അപ്പൊ യുദ്ധം അണികൾ നിരന്നത് തന്നെ അങ്ങനെയാണ് അവർ നിലകൊണ്ടത് ഈ സാത്വികമായ ഭാവങ്ങൾ നിലകൊള്ളുന്നതേ അതിനുവേണ്ടിയിട്ടാണ് പിടിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയാം അതിലെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഭാഗങ്ങൾ അതൊക്കെയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവൂ എന്ന് വിചാരിക്കുന്നു തുടർന്ന് കൗരവപക്ഷത്ത് യുദ്ധത്തിൻ്റെ ആരംഭം ഭീഷ്മ പിതാമഹൻ അതിൽ ഭീഷ്മരെയും ദ്രോണരെയുമാണ് ശക്തന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭീഷ്മര് പിതാമഹനാണ് ഭീഷ്മൻ ഭയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദ്രോണർ ദ്വൈതത്തെ രണ്ടിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ രണ്ടിനെയാണ് ജയിക്കേണ്ടതായിട്ടുള്ളത് ഭയത്തിൽ നിന്നാണ് രണ്ടുണ്ടാകുന്നത് തന്നെ രണ്ടിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത് ക്ഷമിക്കണം ദ്വിതീയാതുവൈ ഭയം ഭവതി എന്നാണ് രണ്ടിൽ നിന്ന് ഭയം ഉണ്ടാകുന്നു ഇതാണ് ഒരുവനേതൊരുവനും ജയിക്കേണ്ടത് അതുകൊണ്ട് ഭീഷ്മനെ പിതാമഹനായിട്ട് അവതരിപ്പിച്ചു മുത്തശ്ശൻ്റെ മുത്തശ്ശനൊക്കെയായിട്ട് ഭയം മുത്തശ്ശനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർക്കൊക്കെ ഉണ്ട് നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശനും ഭയമുണ്ടായിരുന്നു നമ്മുടെ കൊച്ചുമോനും ഭയമുണ്ട് അതങ്ങനെ നിലനിൽക്കുന്നതാണ് രണ്ടെന്ന ഭാവം ഇതാണ് ശക്തമായിട്ടുള്ള ഇതിനെ ജയിക്കാനാണ് അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തിയത് എന്ന് നമ്മൾ കണ്ടു ഭീഷ്മരൻ ശിഖണ്ഡിയെ തത്വവിചാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി ശിഖ ഖണ്ഡിച്ചവൻ ശിഖ ഖണ്ഡിക്കുന്നത് സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴ സന്യാസ ഭാവത്തെ മുൻനിർത്തിയാൽ മാത്രമേ ഭയം ഇല്ലാതെയാവുന്നു അവിടെയാണ് നമ്മളെ ഹസ്താമലക സ്തോത്രം കണ്ടത് ഹസ്താമലകനോട് ശങ്കരാചാര്യർ ചോദിക്കുന്നത് കസ്ത്വം ശിശോകസ്യ കുതോസിഗന്ധ കിം നാമതേത്വം പുത ആഗതോസി ഏതന്മയോക്തം വധചാർബകത്വം മത്പ്രീതയെ പ്രീതി വിവർദ്ധനോസി അല്ലയോ കുട്ടി നീ ആര് എവിടെ വരുന്നു എങ്ങോട്ട് പോകുന്നു എന്താ നിന്റെ പേര് നീ ആരാക്ക് മനസ്സിലായില്ലോ എന്ന് മിണ്ടാത്ത കുട്ടിയോട് ചോദിച്ചും പറഞ്ഞു നാഹം മനുഷ്യോ നയക്ഷോ നബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാ നഹ്മചാരീ നഗീ വനസ്ഥ ഭിക്ഷുർ നചാഹം നിജബോധരൂപ അഹം ബോധസ്വരൂപ ഇതാണ് സന്യാസത്തിലേക്കുള്ള പ്രവേശിക ഞാൻ പുരുഷനല്ല ഞാൻ സ്ത്രീയല്ല ഞാൻ സന്യാസിയല്ല ഗൃഹസ്ഥനല്ല വാനപ്രസ്ഥനല്ല അതുകൊണ്ട് ശിഖണ്ഡിയെ പുരാണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ പുരുഷനായോ സ്ത്രീയായോ ഇതൊന്നുമല്ലാത്തതിൻ്റെ ഒരു ഭാവത്തിൽ കൊണ്ട് നിർത്തി ആണും പെണ്ണുമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം വേറെ എന്തൊക്കെയാണ് അല്ലേ ഈ ഒരു അർജുനൻ അർജുനൻ ഇങ്ങനെ ഒരു വിദ്വാന മുന്നിൽ ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഈ ഒരു ഭാവത്തെ ആ എല്ലാ ദ്വൈതങ്ങളെയും കടന്നു നിൽക്കുന്ന ഒരു ഭാവം അത് സന്യാസമാണ് അവിടേക്കുള്ള പ്രവേശനമാണ് അതിനെ മുൻനിർത്തിയാൽ മാത്രമേ ഭയം ഇല്ലാതെയാകുന്നുള്ളൂ അഹം ബോധസ്വരൂപ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 ഈ ഒരു അർജുനൻ എന്ന് പറഞ്ഞാൽ അർജുനൻ ഇങ്ങനെ ഒരു വിദ്വാന മുന്നിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഈ ഒരു ഭാവത്തെ ആ ദ്വ എല്ലാ ദ്വൈതങ്ങളെയും കടന്നു നിൽക്കുന്ന ഒരു ഭാവം അത് സന്യാസമാണ് അവിടേക്കുള്ള പ്രവേശനമാണ് അതിനെ മുൻനിർത്തിയാൽ മാത്രമേ ഭയം ഇല്ലാതെയാകുന്നുള്ളൂ അത് എന്നേക്കുവാണോ ഇല്ല താൽക്കാലികം താൽക്കാലികം എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കുന്നു പിന്നീട് മുമ്പ് വീണ്ടും കഥ പറയുന്നുണ്ട് എന്ന് പറയാ അതിനെ തത്വവിചാരത്തിലൂടെ ഒന്നാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവരുടെ ശംഖ് മുഴക്കിയതിനെക്കുറിച്ച് പറഞ്ഞു ഓരോ ഓർഡർ ഓരോരോ ഒരു ക്രമമില്ലാതെ ക്രമം തെറ്റിക്കൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ എടുത്തു മുഴക്കി ഒപ്പം കൂട്ടാളികൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു മുഴക്കി അതിനെ തഥശങ്കാശ്ചേര്യശ്ച പണവാനക ഗോമുഖാഹ സഹസൈവാഭ്യ ഹന്യന്ത സശബ്ദ തുമുലഹ അഭവത് ഒരു കല്യാണത്തിന് കൊട്ടുന്നത് പോലെ എന്ന് പറയല്ലേ ആ താലി കെട്ടുന്ന സമയത്ത് എല്ലാം കൂടി ഒരു അടി ഉണ്ടല്ലോ അത് തന്നെ അപ്പൊ ഈ സ്ത്രീകളൊക്കെ എന്നൊക്കെ പറഞ്ഞൊരു എന്താ അവരും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ വരും ഇത് ആരാ നോക്കിയാൽ മനസ്സിലാവില്ല ആരൊക്കെ ഇത് ചെയ്യുന്നതെന്ന് കുരവയുടെ എല്ലാം കൂടെ അവിടെ ഒരു ശബ്ദ കോലാഹലം എന്ന് പറയാം അവിടെയാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും എന്താ പറയുക സുന്ദരമായിട്ടുള്ളൊരു ശ്ലോകം കടന്നു വരുന്നത് അതിഗംഭീരമായിട്ടുള്ള അതൊരു വരവാണെന്ന് പറയാം ആ ശ്ലോകത്തിൽ തന്നെ ആ വരവുണ്ട് എന്താണ് തഥാശ്വേതൈർ ഹയേർ യുദ് മഹതി സ്യന്തനെ സ്ഥിതോ മാധവ് പാണ്ഡവശ്ചൈവ ദിവ്യവും ശംഖോ പ്രദത് മധുഹു പിറകില ചിത്രം അങ്ങനെ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള മാധവനും പാണ്ഡുപുത്രനായിട്ടുള്ള അർജുനനും അങ്ങനെ മഹത്തായ രഥത്തിലേറിക്കൊണ്ട് അവിടേക്ക് വന്നു എന്നിട്ടോ ദിവ്യങ്ങളായ ശംഖുകളെ മുഴക്കിയുന്ന ആ ഒരു വരവിനെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് കണ്ടതാണ് എങ്ങനെയാണോ ഒരു ശിശു ഈ വിശ്വത്തിലേക്ക് ജാതമാകുന്നത് ശ്വേതൈഹി ഹയൈ ഹി യുക്തേ വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ വെളുപ്പ് സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശുദ്ധ അന്ധകരണത്തോടുകൂടി ഏത് ശിശുവും ഇവിടെ ജാതമാകുന്നത് ശുദ്ധ അന്ധകരണത്തോടുകൂടിയിട്ടാണ് വെളുപ്പ് സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു കറുപ്പോ അശാന്തിയുടേത് ഇരുട്ടിൻ്റേത്യാ ശ്വേതൈഹി ഹായൈ യുക്ത വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള തേര് വെളുപ്പ് ശുദ്ധ സാത്വികമായ ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്താണ് മഹതി സ്യന്തനെ മഹത്തായ രഥത്തിൽ എന്ന് പറഞ്ഞാൽ ജന്തുനാം നരജന്മ ദുർലഭ എഴുതി വെച്ചോള റെഫറൻസ് വിവേകചൂടാമണി അത് ആ ഒരു മനുഷ്യ ശിശു എവിടേക്ക് ജാതമാകാം ഇതൊരു വേറിട്ട കാഴ്ചയാണേ ഇതൊന്നും കിതാബില് ചിലപ്പോ വ്യാഖ്യാനത്തിൽ കാണണം എന്നില്ല ആ മഹതീ സ്യന്തനെ സ്ഥിതി ആ മഹത്തായ രഥത്തിൽ നില നിന്നുകൊണ്ട് രഥം എന്ന് പറഞ്ഞ ശരീരം ശരീരം രഥമേവത്തു പഠിച്ചു അപ്പൊ ഈ ശരീരത്തിൻ്റെ മാഹാത്മ്യം എന്താണ് ഭഗവാൻ ഇതിൽ നിലനിൽക്കുന്നു എങ്ങനെ മാധവ അറിവ് ധരിച്ചവനായിട്ട് വിവേകമുള്ളവനായിട്ട് വിവേകം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ മാഹാത്മ്യം അതെന്താണ് നമ്മൾ കണ്ടു കർത്തും അകർത്തും അന്യതാകർത്തും ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ചു ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ലോകത്തിലെ ഏകജീവി വേറെ എന്തിനും ഈ ചോയ്സ് ഇല്ല അങ്ങനെ ആ മാധവനും പാണ്ഡവനും ദിവ്യങ്ങളായ ശംഖിനെ മുഴക്കി ശംഖുകളെ മുഴക്കി എന്താണ് ഭഗവാൻ മുഴക്കിയത് പാഞ്ചജന്യം ഹൃഷീകേശ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് ഇന്ന് വന്നവർ ഭാഗ്യവാൻമാരെന്ന് പറയാം പാഞ്ചജന്യം ഹൃഷീകേശ പാഞ്ചജന്യം ഭഗവാന്റെ പഞ്ചജനൻ എന്ന അസുരനെ ഭഗവാൻ കൊന്നു എന്നിട്ടെടുത്തതാ ഇല്ലേ അപ്പൊ ഭഗവാന്റെ കൊല്ലൽ നമ്മൾ കണ്ടതാണ് ആസുരികമായ ഭാവത്തെയാണ് ഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്നത് ആസ്വരികമായ ഭാവത്തെ ആ കൊല്ലാൻ വേണ്ടി ഭഗവാൻ ഉപയോഗിക്കുന്ന വാളന്റെ പേര് അല്ലെങ്കിൽ സുദർശനം സുദർശനം സുഷ്ടും ദർശനം ഇത് സുദർശനം ശരിയായ കാഴ്ചപ്പാട് നൽകിക്കൊണ്ടാണ് ഭഗവാൻ ഒരുവനെ കൊല്ലുന്നത് കൊല്ല എന്ന് പറഞ്ഞാൽ പഴയവനെ ഇല്ലാണ്ടാക്കി പുതിയവനെ അവത് അവൻ അതുകൊണ്ടാണ് പഴയ ശരീരം പോകുമ്പം പുതിയ ശരീരം ആവിർഭവിക്കുന്നത് പഴയ ആളെ ഇല്ലാണ്ടാക്കും പിന്നെയോ പുതിയ ആൾ വരും പഴയ ആള് ഭഗവാനെ നിന്ദിച്ചവനാണെങ്കിൽ പുതിയവൻ ഭഗവാനെ സ്തുതിക്കുന്നവനാണ് അപ്പോഴാണ് ഈ അസുരന്മാര് സ്തുതിക്കാൻ തുടങ്ങുന്നത് ഭഗവാന് അപ്പൊ പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ പഞ്ചജനൻ എന്ന അസുരൻ അതാരെയാണ് വളരെ പണ്ട് കാലത്ത് ശങ്കുരൂപിയായിട്ട് കടലിന്റെ ഉള്ളിൽ കഴിഞ്ഞവൻ മാത്രമാണോ അല്ല പിന്നെയോ നമ്മളെയൊക്കെ തന്നെയാണ് അഞ്ച് ഭാവത്തിലേക്ക് ജനിച്ചവൻ പഞ്ചജനൻ എന്തൊക്കെയാണ് അഞ്ച് ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ സത്യമാണ് എന്ന് കരുതുന്നവനൊക്കെ പഞ്ചജനനാണ് അസുരനാണ് ഋഷികേശന് മാത്രമേ അവനെ ഇല്ലാണ്ടാക്കാൻ പറ്റൂ അപ്പൊ ഭഗവാൻ അവനെ ഭഗവാൻ അവനെ കൊന്ന് പിന്നെ അവൻ്റെ ശരീരത്തെ ഭഗവാൻ അവൻ ഭഗവാന്റെ ധർമ്മകാഹളത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന ഗീതയിലെ ഏറ്റവും സുന്ദരമായ ശ്ലോകമാണിത് പാഞ്ചജന്യം ഋഷികേശൻ ഋഷികാണാം ഈശഹ ഋഷീകം ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയത്തിന്റെ നാഥൻ ബോധം അപ്പൊ ആ ബോധ ഏതൊക്കെ ആസുരികമായ ഭാവങ്ങൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ബോധസ്വരൂപന്റെ നാദം ശങ്കനാഥം അത് കേൾക്കുന്നു പറയും അപ്പൊ പിന്നെ നമ്മുടെ നമ്മിൽ നിന്ന് വരുന്നത് അതാണ് ഋഷീകേശൻ ഋഷീകങ്ങളുടെ ഈശൻ നാഥൻ ഭഗവാൻ ആ ആസുരഭാവത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മൾ നമ്മളൊരു മുരളിയാവണമെന്ന് പറയുക നമ്മൾ നിന്നു കൊടുക്കണം ഓടക്കുഴലിലൂടെ എപ്പോഴാണ് നാദം പുറത്തു വരുന്നത് അതിനകത്ത് എന്തെങ്കിലും പാടില്ല അതങ്ങോട്ട് തുരന്ന് വിടണം ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോഴത് അങ്ങനെ വരും എന്ന് പറയാം അല്ലേ അപ്പൊ നിന്നു കൊടുക്കുക ഭഗവാന്റെ മുരളി തന്നെ ഇതിനുള്ള ഉദാഹരണം പേര് മുരളിന്നാണ് പക്ഷേ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒന്നും വിട്ടുകൊടുക്കില്ല എന്ന് അപ്പോൾ പാഞ്ചജന്യം ഋഷി കേശ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദദ്മൗ മഹാശങ്കം ഭീമകർമ്മ വൃഗോദരഹ ഇവിടെയാണ് ഭീമസേനയെ കണ്ടത് അനന്ത വിജയം രാജാ കുന്തി യുധിഷ്ഠിര ഇത്യാദികളെയൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ ശ്രദ്ധേയമായ വേറൊരു കാര്യം ഈ ശങ്കനാഥം കുരുക്ഷേത്ര ഭൂമിയിൽ ഏത് നിലകൊണ്ടു അതിൻ്റെ സ്വാധീനം അത് വ്യാസർ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നഭശ്ചൃഥി ചെയ്വ തുമുലോ വ്യനുനാഥയൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവോ എന്ന് സ്വാമിക്ക് അറിയില്ല എന്തായാലും ഓർമ്മിപ്പിക്കാം ആ ശങ്കനാഥം സഘോഷ ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞാൽ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള വികാര വിചാരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത് നൂറ്റിച്ചില്ലാനും ധാർത്തരാഷ്ട്രന്മാർ എന്ന് പറഞ്ഞാൽ അതാണ് അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള വികാര വിചാരങ്ങളൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്തത് അതാണ് നൂറ്റിയൊന്ന് എന്നൊക്കെ പറയുന്നത് അതിനെ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് എന്നിട്ടോ നഭശ്ച പ്രതിവീംച്ച ഏവ ആകാശത്തെയും ഭൂമിയെയും കിടിലം കൊള്ളിച്ചു അതങ്ങനെ മാറ്റൊലി കൊണ്ടുവന്ന അതിനെയൊക്കെ എന്താ പറയുക കീറി മുറിച്ചുകൊണ്ട് അതായത് ഈ നാദം എല്ലാ അജ്ഞാനങ്ങളെയും ഇല്ലാതെയാക്കാൻ പോന്നതാണ് അവിടെ രണ്ട് പ്രയോഗം നടത്തിയിട്ടുണ്ട് ഭഗവാൻ വ്യാസര് എന്താണ് ഭൂമിയെയും ആകാശത്തെയും ഭൂമി ദേശത്തെയും ആകാശം കാലത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ദേശകാലങ്ങളെ അത് അതിവർത്തിക്കുന്നു എന്ന് പറയാം ഇവിടെ സ്വാമി ഉദാഹരണം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു വിവേകാനന്ദ സ്വാമികളുടെ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന പ്രഭാഷണം അല്ലേ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഉള്ളവർക്കൊക്കെ തോന്നി ഇത് എൻ്റെ സഹോദരനാണ് എന്ന് അല്ലാതെ അവർക്ക് അറിയാനിട്ടല്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന ശബ്ദം അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവർക്കത് തോന്നി ആ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു നൂല് അത് വിതറാൻ സ്വാമിജിക്ക് സാധിച്ചു എന്നാണ് അതുപോലെ സ്വാമിജി പറഞ്ഞിട്ടുള്ള ഓരോന്നും അത്തരത്തിലുള്ള പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് നാരായണ ഗുരുദേവൻ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ചക്കിലിട്ടാട്ടി തെങ്ങിനിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇതൊക്കെ എന്നും നമ്മുടെയൊക്കെ മനസ്സിലുള്ളിൽ എന്താ പറയുക നിലകൊള്ളുന്നു അത് ആ ദേശത്ത് അന്ന് പറഞ്ഞതാണെങ്കിലും അത് ദേശത്തെയും കാലത്തെയും അതിവർത്തിച്ച് എല്ലാ അജ്ഞാനങ്ങളെയും ഇല്ലാതെയാക്കാൻ പോകുന്നതാണ് എന്തുകൊണ്ട് ധ്യാനത്തിൽ ഇത് സംഭവിച്ചതുകൊണ്ട് അപ്പൊ മഹാപുരുഷന്മാരുടെ വാക്കുകളൊക്കെ ഇതാണ് സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നവശ പൃഥിവിയും ചെയ്വ തുമുലോ വിനുനാഥയൻ അല്ലാതെ വെറുതെ ഒരു ശംഖുഭൂനായതല്ല അതിന്നും നിലകൊള്ളുന്നു എന്ന് പറയാ അപ്പൊ ആ ശംഖനാഥം ഭഗവാന്റെ ശംഖനാഥം എങ്ങനെയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ നിലകൊണ്ടത് അതിന്നെങ്ങനെ നിലനിൽക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് അല്ലേ രാമകൃഷ്ണദേവൻ്റെയും മഹാപുരുഷന്മാരുടെ വചനങ്ങൾ അവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എന്തൊക്കെ തെറ്റിദ്ധാരണകൾ നമുക്ക് മാറുന്നു നീങ്ങുന്നു അല്ലേ പിന്നെ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് എന്താണ് എൻ്റെ രഥത്തെ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് ഭഗവാനെ കൊണ്ടുനിർത്തും സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ മേച്ചുത മേ രഥം സ്ഥാപയ ഹേ അച്യുത എവിടെ സേനയോഹോ ഉഭയോഹോ മധ്യേ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായി എന്റെ രഥസ്ഥ എന്റെ രഥത്തെ സ്ഥാപിച്ചാലും എന്തിനാണ് എനിക്ക് കാണണം യാവതേതാൻ നിരീക്ഷേ അഹം യോദ്ധു കാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ റണസമുദ്യമേ ീ രണഭൂമിയില് എനിക്ക് യുദ്ധം ചെയ്യേണ്ടവരാരാണ് എന്ന് ഞാനൊന്ന് കാണട്ടെ ഈ വിദ്വാൻ അറിയഞ്ഞിട്ടാണോ ഇവരെയൊക്കെ അല്ല നമ്മളും ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് നമുക്ക് ശരിക്കൊന്ന് അറിയേണ്ടതുണ്ട് ആരോടാ ഈ ഭാര്യയോടും ഭാര്യയുടെ അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരനോടും ഒന്നും അല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഉള്ളിലേക്കാണ് എന്ന് പറയാം ഭഗവാൻ തോന്നി ശരി എന്നാൽ ഇവനെ ഒന്ന് ശരിയാക്കി കൊടുക്കാം ഭഗവാൻ കൊണ്ട് നിർത്തിയത് അങ്ങനെയാണ് ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷം ച മഹീഷിതാൻ ഉവാച പാർത്ഥ പശേതാൻ സമവേതാൻ കുറൂനിതി അവിടെ തന്നെ ഭഗവാൻ കൊണ്ട് നിർത്തിക്കൊടുത്തു എന്ന് പറയാം എന്തിനായിട്ട പിന്നെ അർജുനന്റെ ഇതിലെ ചോദ്യമുണ്ട് നല്ലൊരു ചോദ്യമാണ് യോത്സ്യമാനാൻ അപേക്ഷേഹം യത്ര സമാഗതാ ധാർത്തരാഷ്ട്ര ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവാഹ ഈ ധൃതരാഷ്ട്ര പുത്രന്മാർക്ക് പ്രിയം ചെയ്യാൻ എത്തിച്ചേർന്നവരാരാണ് എന്ന ഇതിനെ മനഃശാസ്ത്ര വിചാരം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇല്ലേ നമ്മുടെ ദുഷ്ട ചെയ്തികൾക്ക് പിറകിലുള്ളത് ആരാണെന്ന എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഷ്ടത്തരം ചെയ്യാൻ തോന്നുന്നത് എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നവനാരും ഇതിനൊക്കെ ഭഗവാൻ മൂന്നാം അധ്യായത്തിലാണ് ഉത്തരം കൊടുത്തിട്ടുള്ളത് ഈ ചോദ്യത്തെ അർജുനൻ വേറൊരു പ്രകാരത്തിൽ ഭഗവാൻ മനസ്സിലായില്ലയേ എന്ന് സംശയിച്ചിട്ട് വീണ്ടും അവിടെ ചോദിച്ചു എന്താ ചോദിച്ചത് അത കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ചന്നഭിവാർഷ്ണേയ ബലാതിവ നിയോജിത ഈ ചോദ്യം മതി ഈ ദുനിയാവിലെ സകലമായ പ്രശ്നങ്ങളെയും എന്താ പറയുക ആ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾക്ക് കാരണക്കാരനാരു അർജുനന്റെ ചോദ്യ അത കേനപ്രയുക്തോയം പാപം ചരതി പുരുഷ ഈ മനുഷ്യന്മാർ ചെയ്യുന്ന പാപങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ച ഭാര്യയും ഭർത്താവിൻ്റെയും തലവണ്ടയ്ക്ക് ഓരോന്ന് കൊടുത്ത് എന്താ മാല പൊട്ടിക്കാൻ തോന്നുന്നത് ആരാ ഇവന്മാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ പിറകിൽ ആരാണ് നമ്മൾ ഈ ഗൂഢസംഘം എന്നൊക്കെ പറയുമല്ലോ ആ ഗൂഢസംഘത്തിനെ കണ്ടുപിടിച്ചു ഇതാ കണ്ണിയെ കിട്ടി അവനെ അങ്ങോട്ട് ഇരുത്തി കസേരയില്ല ആരാണ് അടോ പറയൂ നിനക്ക് ആരുമില്ല അവനെ രണ്ടും ഇടികൊടുത്താൽ പറയൂ ഇല്ല അവൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് പറയാം ആരാണ് അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് അർജുനൻ്റെ ചോദ്യമാണ് ഇങ്ങനെ ദുഷ്ചെയ്തികൾക്ക് പിറകിൽ അവിടെ അർജുനൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം അനിച്ചൻ അഭി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും നിയോജിത ബലമായി രോ ബലമായി ചെയ്യിക്കുന്നു ഭഗവാനെ ഖേന പ്രയുക്തോയം ആരാൽ ആരാൽ ഉപനീഷത്ത് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ് ആരാൽ എന്ന് പറഞ്ഞ ഖേന കേനേഷിതം പതതി ഉപനിഷത്തിലെ വിദ്യാർത്ഥി ചോദിക്കുമ്പോൾ അതിന് കുറേയും കൂടെ എന്താ തലമുണ്ട് ഉയർന്ന തലത്തിലാണ് കേനേഷിതം പതതി പ്രേഷിതം മനഹ കേന പ്രാണപ്രഥമപ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോയുനക്തി ഏത് ദേവനാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ കണ്ണ് കാണുന്നത് കേൾക്കുന്നത് പ്രാണൻ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ അപ്പം അർജുനൻ ദുശ്ചൈതിയെയാണ് ചോദിച്ചത് ഉപനിഷത്തിലെ എല്ലാറ്റും അപ്പൊ അതിന്റെ വേറൊരു ആ ചോദ്യത്തിന്റെ ആരംഭം ഇവിടെയാണ് അതായത് ദുര്യോധനന് പ്രിയം ചെയ്യുന്നവനാര് എനിക്ക് അവരെയും കൂടെ കാണണം എന്ന് പറയാം അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തത് രഥസ്ഥാപനം നടത്തിയത് രഥസ്ഥാപനം നടത്തുമ്പോഴാണ് അർജുനൻ കണ്ടത് ഈ കാഴ്ചയും നമ്മൾ കണ്ടു തത്രാ പശ്യസ്ഥിതാൻ പാർത്ത പിതൃൻ അത പിതാമഹാൻ ആചാര്യൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീൻ തഥാ ശ്വശുരാൻ സുഹൃദ ചേനയോ ഉഭയോ അപ്പി താൻ അപേക്ഷ്യ സൗന്ദേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കുമ്പക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഒരു യോദ്ധാവ് യുദ്ധഭൂമിയിൽ ബന്ധുക്കളെ കാണുന്നു കാണാൻ പാടില്ലാത്തത് അല്ലേ ഇന്ത്യൻ ജവാൻ പാകിസ്ഥാനിൽ അങ്ങനെ സിയാച്ചിൽ നിന്നിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒക്കെ അമ്മാവനും എന്താ വേണ്ടപ്പെട്ടവരും ഒക്കെ എങ്ങനെ ഉണ്ടാവും പിന്നെ അർജുനൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാഴ്ച നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് പിതൃ പിതാക്കൾ ആദ്യം തന്നെ കുഴപ്പമുള്ള കേസാണ് പിതാക്കന്മാർ അവിടെ ആരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്ദ്രനാണ് മൂപ്പരുടെ അച്ഛൻ പിന്നെ അച്ഛന് സമനായിട്ടുള്ള പാണ്ഡുണ്ടോ അതും ഇല്ല പിന്നെ ആരുള്ളത് അച്ഛൻ എന്ന് പറയാൻ പറ്റുന്ന ആരുമില്ല പിതാമഹാൻ ബഹുവചനാണ് മുത്തശ്ശന്മാർ ഒരാളേ ഉള്ളൂ പിന്നെ ജനിക്കാത്ത കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അഭിമന്യുവിനെയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത് അഞ്ച് തലമുറയെ അർജുനൻ കാണുന്നുണ്ട് അപ്പൊ അർജുനൻ കണ്ടത് എന്താണ് അർജുനൻ വേറെ എന്താണ് കണ്ടത് അവിടെ ചോദ്യം വളരെ നമ്മളാ സമയത്ത് വിസ്തരിച്ച് തന്നെ മനസ്സിൽ എന്താ പറയുക ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് മനസ്സിലാക്കുക ആരും ആരാണ് അർജുനനോട് കാണാൻ പറഞ്ഞത് ഭഗവാനാണ് പറഞ്ഞത് ഭഗവാൻ കണ്ടോളാൻ പറയുമ്പോൾ അത് മോചാവില്ല എന്ന് പറയുക നോക്കാൻ പറഞ്ഞു പശ്യ എന്ന് പറഞ്ഞു കണ്ടോളൂ എന്ന് പറഞ്ഞു ഒറ്റ കാണലേന്ന ഒന്നാം അധ്യായത്തിലും ഈ ഒരു കാഴ്ചയുണ്ട് പിറകിലേക്കും മുൻപിലേക്കും ഒക്കെ അർജുനൻ കണ്ടു ഈ കാഴ്ചയാണ് അർജുനനെ തളർത്ത തളർത്തെന്ന് പറഞ്ഞ അർജുനനില്ല അർജുനനില്ല ആകെ സംശയത്തെ സൃഷ്ടിക്കുന്നു ഇതവിടെ പറയുന്നു കൃപയാ പരയാ വിഷ്ട വിഷീതൻ അബ്രവീത് ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ അർജുനന് അർജുനൻ നമ്മള് പറയില്ല അർജുനൻ പ്ലാറ്റ് ഭഗവാൻ ഭഗവാൻ അറിയാം ഇവൻ എന്തോ വലിയൊരു കാര്യത്തിലായിരുന്നു ചോദിച്ചത് കാണിച്ചു കൊടുത്തു അവിടുന്ന് ഗീത ഒരു എന്താ പറയാ വഴി മാ വഴി മാറുക എന്നല്ല അത് അതിന്റെ വഴിയിലേക്ക് അങ്ങനെ വരുന്നു പിന്നെ അർജുനൻ അർജുനന്റെ ഈ ഒരു കാഴ്ച കണ്ടതോടുകൂടി അർജുനൻ പഠിച്ചതും അർജുനൻ കേട്ടതും പിന്നെ അർജുനന്റെ എന്താ അർജുനൻ ധർമ്മത്തെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ ധർമ്മശാസ്ത്രത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഉപനിഷത്തുകളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലെ ശ്രുതിയെയും സ്മൃതിയെയും എല്ലാം എടുത്ത് ഭഗവാൻ്റെ മുൻപിൽ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു കുലധർമ്മത്തെക്കുറിച്ച് കുലത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് ആചാരങ്ങൾ ഇല്ലാതെ പോയാൽ എന്തൊക്കെ സംഭവിക്കും ഇത്യാദി കാര്യങ്ങളെ മുഴുവൻ മിശ്ര മിശ്രം സംഭവിച്ചാൽ എന്ത് നടക്കും ഭാവി സന്താനങ്ങൾ അതുകൊണ്ട് എങ്ങനെ ദുഷിക്കും ഇത്യാദി കാര്യങ്ങൾ മുഴുവൻ അർജുനൻ പോരട്ടെ ഇങ്ങോട്ട് എന്ന് ഭഗവാനും കരുതി എന്ന് വളരെ ശാന്തനായിട്ട് ഭഗവാൻ അതൊക്കെ ശ്രവിച്ചു രണ്ടാം അധ്യായത്തിലും അർജുനൻ എന്താ പറയുക ഭഗവാൻ എന്ത് ചെയ്തു ഇതാണ് ഒന്നാം അധ്യായത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് എന്ന് തോന്നുന്നു ഒന്നാം അധ്യായം അങ്ങനെ പിന്നെ അർജുനൻ ഭഗവാനോട് പറഞ്ഞു അവസാനം ഞാൻ യുദ്ധം ചെയ്യുന്നില്ല അതും പറഞ്ഞു മൂപ്പര് എന്താ പറയുക എല്ലാം താഴെ വെച്ചു അവിടെ തീർത്തട്ടിലങ്ങട്ട് ഇരുന്നു ഇനി എന്തെങ്കിലും പറ്റുമെങ്കിൽ നോക്കാൻ എന്ന